സിദ്ധ സിപാശ്വരി ശ്രമ നമുഭവത് പ सन्दर्स् अलारि श्री सन्दर्स् सूत्रभाष गुरुहुं नमो नमः ईश्वरं मीह मुक्तिहे अभहा नान्य कदेहं चामपि ഥ എത്രേദിമാനോഭിതീന മാം സാദ്ദസ്മാരീരാ തൻകലഭവം ദേഹസരോ ജലാ കൃഷിഭാവം എത്തീ പ്രാപിതോ ദൈവദോ മമോഷർ യഥാരി ഇവിടുന്ന് ഉപാസനയെ കുറിച്ച് പറഞ്ഞു ശരീരത്തിലുള്ള നാടികളെ കുറിച്ച് പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് സർവശരീരഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുന്ന നാടികൾ തുടക്കത്തിൽ ഭാഷകാരം പറഞ്ഞത് നാഡീഖണ്ഡമാണ് നാടികളെ കുറിച്ച് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ജീവൻ്റെ ഉത്ക്രമണത്തെ കാണിക്കുക ഈ ശരീരത്തിൽ നിന്നും ജീവൻ ഉത്ക്രമിക്കുന്നു ശരീരം വിട്ടുപോകുന്നു മുകളിലോട്ടോ താഴോട്ടോ എവിടേക്ക് മരണസമയത്ത് ജീവൻ ശരീരം വിട്ടു പോകുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അത്രയും സ്ഥിതി അഥവാ ഇത്രയെസ്വിൻ കാലെ അബലിമാനും അമ്പലഭാവും ദേഹസ് അദ്ദേഹത്തിൻ്റെ നശിക്കുമ്പോൾ പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ രോഗാതിനിമിത്തം ജരാതിനിമിത്തം പോകും ചിലപ്പോൾ നേരത്തെയാകാം എന്തെങ്കിലും രോഗം പിടിപെട്ട് മരണത്തോടടുത്തു അല്ലെങ്കിൽ ജരാതിനിമിത്തം വാർദ്ധക്യം കൊണ്ട് കൃഷിഭാവം വേദം നയനം നീത്ത ശരീരമെല്ലാം വളരെ ക്ഷീണിച്ചു മരണത്തോടടുത്തു പ്രാപിത ദൈവതത്വം ഭൗതി ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ ഒന്നുമില്ല മുമ്മൂഷ അപ്പൊ ആ ജീവൻ ശരീരം വിടാൻ ആഗ്രഹിക്കുകയാണ് അവനാഗ്രഹിക്കുന്നുണ്ട് അവന് വേണ്ടി ജീവിച്ചിരിക്കുന്നു മുമ്മൂർഷായിരിക്കുന്ന ജീവനാണ് ആ ജീവൻ അറിയാം ഇനി ശരീരം വാസയോഗ്യമല്ല ഇതുപേക്ഷിക്കണം യഥാഭവതി അവരവസ്ഥയിൽ മരണ ചെയ്യലെന്നർത്ഥം ഞാൻ ഭരണശൈലയിൽ തമ്മിതാ സഹോദര നാല് ചുറ്റും ബന്ധുക്കളെല്ലാം ചുറ്റിയിരിക്കുന്നു വളഞ്ഞു ചുറ്റിയിരിക്കുകയാണ് എല്ലാവരും അവർ എന്നിട്ടെന്താണോ അവർ പറയുകയാണ് ചോദിക്കുന്നു മരിക്കാൻ പോകുന്നവരോട് എന്താണ് ജാനാസിമാം തവപുത്രം ജാനാസിമാം പിതരും ചോദിക്കുന്നത് എന്താ അടുത്തിരിക്കുന്ന മനസ്സിലായ ആരാണെന്ന് ഞാൻ നിന്റെ മകനാണ് വേറെ പറയുന്നവർക്ക് മനസ്സിലായത് ഞാൻ നിൻ്റെ പിതാവാണ് എന്താ കാരണം ചുറ്റും മനസ്സിലായി ഇനി ഈ ജീവൻ ഈ ശരീരത്തെ ശേഷിക്കില്ല അവസാനം ആ പരിചയം ഒന്ന് പുതുക്കിയിട്ട് എന്ന് വിചാരിച്ച് ചോദിക്കുകയാണ് ഞാൻ പുത്തനാണ് ഞാൻ ഭാര്യയാണ് ഞാൻ എന്നാലാണ് തിരിച്ചറിയുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു മരിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് തിരിച്ചറിയുന്നില്ലെങ്കിൽ മരിച്ചു തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മരിക്കുന്നില്ല സമൂഷ അനുക്രാന്തവും നിർഗുന്ന ആ മരണത്തിലേക്ക് നീങ്ങുന്ന ആ ജീവൻ ടുന്ന ആ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വിടുന്നതുവരെ അക്രാന്ത നിർഗത ശരീരം വിടുന്നതുവരെ ഒന്നും മോളും കണ്ണ് തുറക്കും അടയ്ക്കും പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് ചോദ്യം മനസ്സിലായി പക്ഷെ മറുപടി പറയാൻ കഴിയുന്നില്ല പുത്രാദീനിച്ചാൻ ആകും ഞാൻ അറിയുന്നു എന്നുള്ള ചില അടയാളങ്ങൾ കാണിച്ചു പിന്നീട് അതുമില്ലാതെയാകും അതുമില്ലാതാകുമ്പോൾ ജീവൻ ശരീരം വിട്ടു അവിടെ കാണിക്കുന്നത് ഈ ശരീരത്തിൽ നിന്ന് ഉത്ക്രമിക്കുന്നതിന് ഈ ശരീരം വിട്ടു പോകുന്നതിനൊരു ജീവനതിനകത്തുണ്ട് അത് ഉപാസനെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത് പറഞ്ഞു അധ എത്രയേത് അസ്മത് ശരീരമീ അധ രശ്മിഭി ഊർദ്ധം അക്രമതി സ ഓമതി സാവക്ഷിപ്പീരൻ മനഃ താവ്തിച്ഛതി എന്തത് വൈ ഖലു ലോകദ്വരം വിദുഷാ പ്രപദനം വിരുധോ അവിദുഷാ അധയ എപ്പോഴാണോ ഈ ശരീരത്തിൽ ഞാൻ വിദ്വാനായാലും ശരി അതായത് ഉപാസകനായാലും ശരി അല്ലെങ്കിൽ യഥാകർമാർജിതം ലോകം പ്രത്യവിദ്വാന് വിദ്വാനും ഈ ശരീരത്തിൽ നിന്നും നിഷ്ക്രമിക്കുന്നു ആ ജീവൻ വിദ്വാനും നിഷ്ക്രമിക്കുന്നു രണ്ടുപേരും നാടികളിലൂടെ പറഞ്ഞു സൂര്യനിൽ നിന്നുള്ള രശ്മികൾ അതിന് ഹൃദയവുമായി ബന്ധമുണ്ട് ഹൃദയത്തിൽ നാടികളുണ്ട് ആ നാടികളുമായിട്ട് ബന്ധമുണ്ട് ഈ പറഞ്ഞ രശ്മികളിലൂടെ അദ്ദേഹം മാധ്യമമാണ് ക്രമദേ ബ്രഹ്മസൂത്രത്തിൽ ഇതിനെ കുറിച്ച് ചർച്ചയുണ്ട് ഈ ഭാഗത്തെക്കുറിച്ച് വിശദമായിട്ട് ഈ രശ്മികളിലൂടെ ഉത്രമിക്കുന്നു രശ്മികളെ ആശ്രയിച്ച ജീവൻ ഉത്രി എന്തിനാ അങ്ങനെ ആശ്രയിക്കുന്നു ചോദിക്കരുത് ഈ ശരീരത്തോടു കൂടി സഞ്ചരിക്കുന്നതിനൊരു വഴി വേണമല്ലോ വഴിയിലൂടെയല്ലേ സഞ്ചരിക്കാറുണ്ട് ജീവൻ്റെ ഒരു പരിമിതിയാണ് അപ്പം അതുപോലെ ഈ സൂക്ഷ്മശരീരിയായ ജീവന് സ്ഥൂലശരീരിയായ ജീവന് സഞ്ചരിക്കുന്നതിന് സ്ഥൂലമായ വഴികൾ സൂക്ഷ്മ ശരീരിയായ ആ ജീവന് സഞ്ചരിക്കുന്നതിന് സൂക്ഷ്മമായ വഴി അതിൻ്റെ ആലംബനമാണ് ഈ രശ്മികൾ എവിടേക്ക് പോകുന്നു യഥാകർമാർജിതൻ ലോകം പ്രത്യേകിത്വം അതുവരെ ആ ജന്മത്തിൽ അവൻ ആർജിച്ചോകത്തെയാണോ നേടിയത് ആ ലോകത്തിലേക്ക് ആത്മാനം അതിൽ എല്ലാവരും ശരീരം വിടുന്നു പക്ഷേ വിദ്വാൻ വാസകനാണെങ്കിലോ യഥോക്തസാധനസമ്പന്ന നേരത്തെ പറഞ്ഞ ബ്രഹ്മചര്യാദി സാധന സമ്പന്നനായവൻ ഓമിത്യോകാരൻ ഓമെന്ന് ആത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് അതാണ് എന്റെ ഉപാസനയുടെ മുഖ്യമായ ഭാഗം അതുകൊണ്ട് അതിനെ തന്നെ അവസാനം ആ ഓമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് യഥാപൂർവം പറയുന്നു മുമ്പെങ്ങനെയാണ് അയാൾ ഓങ്കാരത്തെ ഉപാസിച്ചിരുന്നത് അതിൻ്റെ ബലം കൊണ്ട് അതിൻ്റെ സംസ്കാരം കൊണ്ട് നാം മരണസമയത്ത് തെളിഞ്ഞ ബോധത്തോടുകൂടി ഉപാസകം പോകുന്നു അതാണ് അവിദ്വാനും വിദ്വാനും തമ്മിലെ വ്യത്യാസം ആ വിദ്യാനെ കുറിച്ച് മുമ്പ് വിദ്വാന്റെ ജീവൻ എങ്ങനെ ഉത്രിമിക്കുന്നു ഒന്നും അറിയാതെ ഭരണസമയത്ത് മറ്റുള്ളവർ ചോദിക്കുന്നു അറിയുന്നു അറിയാം പക്ഷെ കുറച്ച് ഞാൻ അറിവില്ല അദ്ദേഹം അപ്പൊ അജ്ഞനായി തന്നെ പോകുന്നു ബുദ്ധി മൂർച്ഛിതമായ അവസ്ഥയിലായിരിക്കും ഒന്നും ഗ്രഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അത് അജ്ഞാന പക്ഷെ ഇവിടെ ഉപാസകൻ എങ്ങനെയല്ല യഥോക്തസാധനസമ്പന്നോമിത്യൂങ്കും യഥാപൂർവം എങ്ങനെയാണോ അയാൾ ഉത്രിമണത്തിന് മുമ്പ് ഓം എന്ന് സസ്വരൂപത്തെ ധ്യാനിച്ചിരുന്നത് അതേ ബോധത്തോടുകൂടി ബോധമൊന്നും നഷ്ടപ്പെടുന്നു ആത്മാനും യഥാപൂർവം ഉപാസകന്റെ അടയാളം അതാണ് തത്വജ്ഞനെ കുറിച്ച് അത് പറയുന്നത് മൂർച്ഛോകേഷ പ്രാണാന്ത സംശയ മൂർച്ഛനായാലും ശരി അവിടെ വ്യത്യാസമൊന്നുണ്ട് ഉപാസകൻ എങ്ങനെയാണ് ഉപാസകൻ ബോധത്തോടുകൂടി തന്നെ പോകും കാരണം ഉപാസകന് ജീവൻ ഉത്രമണമുണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉത്കരമില്ല ജീവൻ ഉത്രി അന്തി എങ്ങനെയാ അതുകൊണ്ട് ബോധം കെട്ടും മരിക്കുന്നവരെല്ലാം തത്വജ്ഞന്മാരൊന്നുമില്ല തത്വജ്ഞനെ സംബന്ധിച്ച് അങ്ങനെ ഒരിടമുണ്ട് ജീവൻ ഉത്രമില്ലാത്തതുകൊണ്ട് അജ്ഞനെ പോലെ തന്നെ അജ്ഞനില്ല ജ്ഞാനമില്ലെന്നുള്ളതേ ഉള്ളൂ മരണത്തിൽ വിശേഷതയൊന്നുമില്ല ഉപാസകൻ അങ്ങനെയല്ല സ്നേഹ ബോധത്തോടുകൂടി യഥാപൂർവം എങ്ങനെയാണോ ധ്യാനിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് ബോധക്കെടുന്നു സംഭവിക്കുന്നില്ല ഊർധം വാ വിദ്ധാന് ചെയ്ത് ഊർധനമുണ്ടാവുന്നു ഒരു നിമിഷം പോലും മൂർച്ചയിലേക്ക് പോകുന്നില്ല അറിയാതിരിക്കുന്നില്ല ഇതൃഹാ തിരിയങ് വ്യക്തി അഭിപ്രായ മറ്റുള്ളവരാണെങ്കിലോ അജ്ഞനാണെങ്കിലോ അവൻ്റെ കർമ്മത്തിനനുസരിച്ച് ഏതെങ്കിലും വഴിക്ക് പോകും അന്നേരെ മുകളിലോട്ട് പോണമെന്നില്ല സൂര്യ ലോകത്തിലേക്ക് പോകണമെന്നില്ല ഈ ലോകത്തിൽ തന്നെ തിരിയങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യും മനുഷ്യനായിട്ടോ പക്ഷി മൃഗാദികളായിട്ടോ ഒക്കെ ജനിക്കേണ്ടി വരും ബോധം നഷ്ടപ്പെട്ടു അത് അറിയാൻ പറ്റത്തില്ല എപ്പോ മരിച്ചു ഇപ്പോൾ ശരീരത്ത് സ്വീകരിക്കും ഒരു ജന്മത്തിന് എന്തായിരുന്നു എന്നും അറിയാൻ പറ്റത്തില്ല ഇവിടെ യോഗിക്കെങ്ങനെ ഉണ്ട് വാസവനായ യോഗിക്കെല്ലാം അറിയാൻ കഴിയുന്നു താൻ എന്തായിരുന്നു ഇത്രയും കാലം ഇനി താൻ എങ്ങോട്ടാണ് പോകുന്നത് പോകുന്ന വഴിയൊക്കെ നല്ല നിശ്ചയം കാണും അവിടെ എല്ലാം ബോധം ഉണ്ടായിരിക്കും മീയതെ പ്രമീയത ഗതി അങ്ങനെ വിദ്വാൻ ബോധത്തോടു കൂടി ശരീരം വിടുന്നു ഇതിന സമാധി എന്ന് പറയും സ്വാമി സമാധിയായി എന്ന് പറയും സ്വാമി സമാധിയായിന്ന് പറഞ്ഞ മുഖ്യമായിട്ട് അല്ലെങ്കിൽ സാധാരണ സമാധിയെന്ന് പറഞ്ഞ ആന ചരിഞ്ഞു എന്ന് പറയും പോലെയുണ്ട് രാജാവ് നാട് നീങ്ങി എന്ന് പറയും പോലെ സ്വാമി സമാധിയായി അത്രേ ഉള്ളൂ അല്ല എന്ന് പറയുന്നത് ശരിക്കും ഈ ഉപാസനവും തത്വജ്ഞനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്തുകൊണ്ടവിടെ പ്രത്യേകിച്ചൊന്നും ആകുന്നില്ല ശരീര പ്രാരബ്ധം നശിക്കുന്നു ജീവൻ അവസാനിക്കുന്നു ഇവിടെ അങ്ങനെയുള്ള ജീവൻ അവസാനിക്കുന്നില്ല ജീവന് അവസ്ഥാന്തരം സംഭവിക്കുന്നതാണ് സമാധി മാറ്റം വരുന്നു ജീവൻ ഊർദ്ധഗതിയാകുന്നു അങ്ങനെ പോകുന്നതാണ് അവസാനം പത്മാസനത്തിലൊക്കെ ഇരുന്നു ഉപാസന ഒക്കെ ആഗ്രഹമായി ചെയ്ത് സ്വേച്ഛയായ ശരീരത്തെ വിടുന്നു അതേ സമാധിയാവുന്നു മരിച്ചു കഴിഞ്ഞ് കൈകാലം കൂട്ടിക്കെട്ടി വെച്ച് നമ്മുടെ കുഴിയിലിരുത്തി ഭസ്മവും ചാരും വന്നിട്ട് കഴിഞ്ഞാൽ അത് സമാധിയാകത്തില്ല സാധാരണ മനുഷ്യൻ മരിക്കുമ്പോഴേ സന്യാസിയൊന്നും ഉണ്ട് അങ്ങനെ ചില ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ എന്നുള്ളതേ ഉള്ളൂ അധികം കഴിഞ്ഞതിലൊന്നുമില്ല സമാധിയാകുന്ന ഇങ്ങനെ വേണ്ട ഉപാസന ചെയ്ത് ശരീരത്തിൽ ഉപേക്ഷിച്ച് കൂടുതൽ രോഗങ്ങളിലേക്ക് പോകണം എന്നാ സമാധിയാവും വിഷ്യക്ഷിപോ യക്ഷേപ എങ്ങനെയാണ് പോകുന്നതെന്ന് പറയുന്നു അപ്പോ ഇവിടെ ഇരുന്ന് ജീവിതകാലം മുഴുവൻ അഭ്യാസം ചെയ്തതിനും ഒരുപാട് സമയം എടുത്തല്ലോ വർഷങ്ങളോളം അഭ്യാസം ചെയ്താണ് യോഗിക്കിങ്ങിനൊരു നിലയുണ്ടാകുന്നു ശരിക്കും യോഗിയാണ് യോഗം കൊണ്ടാണ് അത് സാധിക്കുന്നത് എത്ര ഈ അഭ്യാസം എടുത്തോ അതുപോലെ ഇനി ഈ ശരീരമോട്ട് പോകുന്നതിനും കുറച്ചു കാലം വേണമുള്ളതല്ല ഇവിടെ അടുത്തൊന്നുമല്ല സൂര്യലോകമാണ് ചന്ദ്രനി പോകുന്നതിന് എത്ര സമയം എടുക്കുന്നു നമുക്കറിയാം അപ്പൊ പിന്നെ സൂര്യലോകത്തിൽ പോകുന്നതിനും അങ്ങനെ സംശയം വരും കാലം കൊണ്ടായിരിക്കും അവിടെ എത്തുന്നു ആ യോഗത്തിന്റെ പൂർണതയും ഈ ശരീരം വിട്ട് പോകുന്നതിന് മാത്രം മതി സങ്കല്പത്തിൽ യോഗിയുടെ അഭ്യാസത്തിന്റെ പൂർണ്ണതയും സങ്കല്പം കൊണ്ട് അവിടെ എത്തിച്ചേരുന്നു കാല വിളമ്പമില്ലെന്നുള്ളത് വെന്റിലേറ്റർ കിടന്നിട്ടൊന്നും അല്ല യോഗി അവിടെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് കണ്ണൊക്കെ തുറന്നു ബോധം കെട്ട് അങ്ങനെയൊന്നും പോകത്തില്ല ബോധത്തോടെ പോകുന്നു എന്ന് പറയുന്നു അപ്പോക്കെന്ന് പറയുന്ന യോഗിയുടെ കേവല സങ്കല്പമാണ് അതിലുള്ള അഭ്യാസത്തിന്റെ ഫലമായി വരുന്ന സങ്കല്പം അത് വലിയ പുണ്യമുള്ളവർക്ക് അത് സാധ്യമാകും അല്ലാത്തവർക്ക് വെന്റിലേറ്റർ തന്നെ ശരണം ഇവരെ വഴിയുന്നുണ്ട് യവചിപ്പിയ മനസ്സൊന്ന് സങ്കല്പിക്കുമ്പോ എന്നാണ് ഞാൻ ഒരു ക്ഷണമെന്നുപോലും പറയാനില്ല ആ ക്ഷണം കൊണ്ട് അവിടെ എത്തി യവതാകാലീന മനസ്സക്ഷേപ സവത മനസ്സൊന്ന് ചലിക്കുന്നതിന് എത്ര സമയം വേണം ക്ഷണങ്ങളുടെ അംശം വഴി കൊണ്ട് അവിടെ എത്തിച്ചേരുന്നു സെവതാകാലീന ആദിത്യങ്കിൽ ശരി അവിടെ ചേട്ടും അതും ആയില്ല രശ്മിയിലൂടെ എത്തുന്ന സ്ഥലമാണ് അവിടെ നിന്നും പിന്നെയും പോകാനുണ്ട് പ്രാപ്നവ് ക്ഷിപ്രേർത്തു താപദൈവകാലിച്ച് പറഞ്ഞാൽ കാലം ഇവിടെ പറയേണ്ട നമ്മുടെ നമ്മൾ സാറിന് പറയുണ്ടോ കണ്ണടച്ച് തുറക്കുന്നതിനൊന്നും എന്തുപറഞ്ഞാലും വളരെ വേഗത്തിൽ നടക്കും അതുപോലെ ഇത് മറ്റു ലോകങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കാലത്ത് എടുക്കാൻ പറ്റത്തില്ല കാരണം കാലത്തിന് വ്യത്യാസമുണ്ട് ഇവിടെ ആദിത്യനെ ആശ്രയിച്ചുള്ള കാലഘണനയുണ്ട് ആദ്യത്തെ അങ്ങനെ ഒരു കാലഘണന ഇല്ലല്ലോ അതുകൊണ്ട് ക്ഷണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അളവ് ക്ഷിപ്രം എന്ന് മനസ്സിലാക്കുക അവിടെ ഇവിടുത്തെ കലയളവ് വെച്ച് നോക്കുകയാണെങ്കിൽ കാലതാമസമില്ല സങ്കല്പം കൊണ്ട് അവിടെ എത്തിച്ചേരുന്നു സാധാരണ നമ്മൾ വരാറുള്ളു മരണവെപ്രാളം അതൊന്നും കാണത്തില്ല എന്ന കയ്യും കാലം അടിക്കുക കണ്ണ് തുറക്കുക കണ്ണ് തള്ളുക മാക്ക് കടിക്കുക ഇതൊന്നും യോഗിയിൽ കാണത്തില്ല കിമർത്ഥം ആദിത്യം ഗച്ഛതി വിദ്വാൻ എന്തിനാ ആദിത്യന് പോകുന്നു അനുസമാനം പറയുന്നു പ്രസിദ്ധം ശാശ്രുതിയിൽ പ്രസിദ്ധമാണ് ഈ ആദിത്യൻ ഇതെന്താണ് ബ്രഹ്മലോകാരം ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ് ആദിത്യത്തേനദ്വാര ഭൂതേന അതിലൂടെ ബ്രഹ്മലോകത്തല്ല ആദിത്യനി ചെന്ന് അവിടെ ഇരിക്കയല്ല അവിടെയും കടന്നു പോകുന്നു അതോ വിദുഷാം പ്രബദ്ധനം പ്രപദ്ധ്യത ബ്രഹ്മലോക അനേനദ്വാരീതി പ്രബധനം വിദ്വാന്റെ സ്ഥാനം ഉപാസന യോഗിയുടെ സ്ഥാനം ബ്രഹ്മലോകം അവിടെ എത്തിച്ചേരുന്നു നിരോധനം നിരോധവാസ്മത് ആദിത്യ അവിദുഷാം ഭൂതി അവിദ്വാനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ പരമാവധി ആദിത്യൻ വരെ പോകാൻ അതിനപ്പുറം പോകാൻ പറ്റത്തില്ല ഇവിടെ പറയുന്ന ഉപാസകന് മാത്രമേ അതിനപ്പുറം കിടക്കാൻ പറ്റൂ സൗരേന തേജസ് അവരുമിക്കുന്നതും മൂർധന്യ നാടിയിലൂടെ അല്ല വരെ ഈ ശരീരത്തെ തന്നെ നിരുദ്ധരായി വേറെ നാടികളുണ്ട് ആ നാടികളിലൂടെ ഉത്രി വിന്യാ ശ്ലോക വിഷുങ്കന്യാ ഉത്വന്തി എന്നടുത്ത് പറയുന്നുണ്ട് നാനാഗതിയാണ് വിഷുഗതിയാണ് യോഗി വളരെ വളരെ ശാന്തനായി ഊർദ്ധഗതി അതുകൊണ്ടുതന്നെ ഊർദ്ധ നിമ്മീലായി വളരെ ശാന്തമായി ശരീരം വിടുന്നു അല്ലെങ്കിലോ വായി തുറന്നു മൂക്ക് തുറന്നു കൈകാലം ഒക്കെ ഇട്ടടിച്ച് ദേഹമൊക്കെ മാന്തി പൊളിച്ച് വല്ലാത്ത വികൃതമായ രീതിയിൽ പോകും അടുത്ത് പശുവോ കൊട്ടിയോ ഒക്കെ ആകാനാണെങ്കിൽ അതിന് രണ്ടുപേരും നമ്മൾ വ്യത്യാസം അതുകൊണ്ട് ചോദി പറയുന്നു തത്വജ്ഞാനൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ചിരി പക്ഷെ ഉപാസന എങ്ങനെയും ചെയ്തു ആകാമല്ലോ കഷ്ടപ്പെടാതെ അതിന് വേണ്ടിട്ടാണ് ഇത് പറയുന്നത് വിദ്വാൻ അങ്ങനെ അവിടെ എത്തിച്ചേരുന്നു തദ്ദേശ ശ്ലോക ഏകാ ച ചർച്ച ചെയ്തിട്ടുള്ളതാണ് തദ്ദേശ ഭക്തി അടുത്ത് ശ്ലോകോ മന്ത്രോ ഭൂതി ശ്ലോകോ എന്ന് പറഞ്ഞ മന്ത്രം ആ മന്ത്രം ഇക്കാര്യമാണ് പറയുന്നത് ശതം ചെയ്യുക ഉത്തരശതം ഏകോത്തരശതം നാഢ്യ ഹൃദയസ്യ മാംസപിണ്ട ഭൂതസ്യ സമ്പന്തിന് പ്രധാന ദുഭവന്തി നൂറ്റൊന്ന് നാടികളുണ്ട് നൂറ്റൊന്നെന്ന് പറയുന്നവർ കൃത്യമായ കണക്കൊന്നുമല്ല വളരെ നാടികളുണ്ടെന്ന് ഹൃദയസ്യ ഏത് മാംസപിണ്ട ഭൂതസ്യ ആ ശരീരം കയറിമുറിച്ച് നോക്കിയാൽ കാണുന്നതാണ് രക്തം പമ്പ് ചെയ്യുന്ന ആ ഹൃദയം തന്നെ അതിൽ നിന്ന് വളരെയധികം നാടികളുണ്ട് പ്രധാനി ആനന്ദ്ദേഹ നാടിയാ പറയുന്നത് പിന്നെ നൂറ്റെണ്ണെന്ന് പറഞ്ഞത് ഒരു നൂറ്റെണ്ണം നൂറ്റൊന്നെണ്ണം എണ്ണി തിട്ടപ്പെടുത്തിയത് പ്രധാനപ്പെട്ടതാണോ പക്ഷെ ആനന്ദ് അദ്ദേഹ നാടി അദ്ദേഹ നാടികളുടെ എണ്ണമെന്നു പറയാൻ പറ്റത്തില്ല പക്ഷികാരും പറയുന്നു താസാം മേഘാമൂർധാന വിനിശ്രിത പക്ഷെ അതിൽ ഒന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് അത് എല്ലാവർക്കും ഉണ്ട് ഞാനിപ്പോ ഞാനിക്കും എല്ലാവർക്കും ഉണ്ട് അതെന്താണ് ഹൃദയത്തിൽ നിന്നും നേരെ മൂർധാനം മൂർധാവിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് തയാർധുമായൻ ആ നാടിയിലൂടെ പോണം ജീവൻ ഗച്ഛൻ അമൃതത്വം അമൃതഭാവം വ്യതി ബ്രഹ്മലോകത്തിലെത്തിച്ചേരും അതാണ് അമൃതം വിഷു നാനാ ഗതേഹ തിരി വിസർപ്പിണിഹ അന്യനാഢ്യോ ഭവന്തി ഇനി മേലോട്ടും താഴോട്ടും ശരീരത്തിൽ തന്നെ നാലാം ഭാഗങ്ങളിലേക്കും പോകുന്ന അനേകം നാടികളുണ്ട് ഇതെല്ലാം എന്താണ് സംസാരഗമനദ്വാരൂതത്വമൃതായ അങ്ങനെ അനേകം നാടികളുണ്ട് അത് മുകളിലോട്ട് പോകുന്നുമുണ്ട് വശങ്ങളിലേക്ക് പോകുന്നുമുണ്ട് സംസാരഗമന ദ്വാരഭൂത പക്ഷെ ഇതെല്ലാം എന്താണ് സംസാരഗമനത്തിന് മാർഗമായിരിക്കുന്നതാണ് അമൃതത്വത്തിനല്ല ഊർദ്ധ്വ പക്ഷെ ഇവിടെ പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പോകുന്ന നാടി അത് നേരെ ബുദ്ധാവിലേക്ക് പോകുന്നു ആ നാടിയിലൂടെ ജീവൻ ആ നാടിയിൽ പ്രവേശിച്ച ജീവൻ അതുവഴി നേരെ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നും പറ്റുക കാരണം ജീവൻ ഈ ശരീര സംബന്ധിയായിട്ടിരിക്കുകയാണ് ശരീര സംബന്ധിയായിരിക്കുന്ന ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് ശരീരം തന്നെ ശരീരത്തെ തന്നെ ഒരു ഉപാധിയായി സ്വീകരിക്കുന്നു അങ്ങനെ ഉപാധിയായി സ്വീകരിക്കുമ്പോഴാണ് ഈ നാടിയുടെയും മറ്റും ആവശ്യമില്ല ഇത് തന്നെയാണ് കുണ്ടന്യീ ശാസ്ത്രത്തിലും പറയും തന്ത്രശാസ്ത്രത്തിൽ അവിടെ പറയും മൂലാധാരത്തിൽ നിന്ന് മേലോട്ട് പോകുന്നു പക്ഷെ ഇവിടെ ശ്രുതിയിൽ ഒരു സ്ഥലത്തുള്ള പല സ്ഥലങ്ങളിലും പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പോകുന്നു എന്നാണ് ഹൃദയത്തിൽ നിന്നും മേലോട്ട് പോകുന്നു അവിടെ മൂലാധാരത്തിനാണ് അവർ ആധാരചക്രങ്ങളും ഇട പിങ്കള സുഷം നാടിയും അതിലൂടെ സഹസ്രഹാരത്തിലെത്തിച്ചേരുക ഓരോ ആധാരത്തിലെത്തിച്ചേരുക അവിടെയെല്ലാം ഓരോ സുദ്ധിവിശേഷങ്ങളൊക്കെ വരിക അങ്ങനെ അവസാനം മുക്തി പ്രാപിക്കുക താന്ത്രികമായ തന്ത്രശാസ്ത്രത്തിൻ്റെ വകയാണ് ഇതെല്ലാം ഇത് ശ്രുതിയുടെ വക അപ്പോൾ ശ്രുതിയെ ഇതെല്ലാം മുഖ്യമായിട്ടും രൂപപ്പെട്ടത് അതല്ല ഓരോ ആചാര്യന്മാർ ആവിഷ്കരിച്ച സമ്പ്രദായങ്ങൾ ഓരോരാചാര്യന്മാരുടെ അനുഭവങ്ങൾ അവരുടെ ഉപാസനാരീതികൾ പക്ഷെ ഇത് ശ്രു പറഞ്ഞിട്ടുള്ളതല്ല ശ്രുതിയിൽ ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ചതൊന്നും അപ്രാമാണികമല്ല വിധത്തിൽ മീ ചർച്ച ചെയ്യുന്ന ഉപനിഷത്ത് ഭാവങ്ങളിലൊന്നും തന്നെ ഈ കുണ്ടന്യ വിദ്യയെ കുറിച്ച് പറയുന്നില്ല വിചാരിച്ചത് അസംഭവം എന്നല്ല പറയുന്നത് അത് വൈദികമല്ല എന്നാൽ അതിനെ കുറിച്ച് പിൽക്കാലത്ത് ഉപനിഷത്തുകളൊക്കെ വന്നിട്ടുണ്ട് അത് അള്ള ഉപനിഷത്ത് പോലെ ഉള്ളു അങ്ങനെ പല ഉപനിഷത്തുകളും ഉണ്ട് പ്രധാന ഉപനിഷത്തുകളിലും അതിനെ കുറിച്ച് പറയുന്നത് അതിന് മനസ്സിലാക്കാമെന്നുള്ളത് അത് പിൽക്കാലത്ത് വന്നത് അല്ലെങ്കിൽ ഈ വൈദിക കാലത്തിൽ തന്നെ ചില പറയുന്നു മറ്റു പല സമ്പ്രദായങ്ങളും നിലനിന്നിരുന്നു ആ സമ്പ്രദായങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം ഈ കുണ്ടലിനീവിദ്യ അതും ഇവിടെ ഉപാസനയാണ് തത്വജ്ഞാനമല്ല ഉപാസന പദ്ധതിയാണ് കാലക്രമേണ വൈദിക ഉപാസനകൾ നഷ്ടപ്പെട്ടു വേദത്തിലാരും ശ്രദ്ധിക്കാതെ വേദത്തിൽ നമ്മളിവിടെ ഒരുപാട് ഉപാസന പദ്ധതികൾ കണ്ടു നമ്മൾ ചർച്ച ചെയ്യാതെ വിട്ടുപോയി ഇന്നത്തെ അനുഷ്ഠിക്കാൻ ആർക്കും സാഹചര്യങ്ങളില്ല ശ്രദ്ധിച്ചാൽ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതിന്റെ തത്വജ്ഞാനത്തിന്റെ ഭാഗത്തിന്റെ ഉപാസനാ ഭാഗത്തിലൊന്നും ആരും പരിശ്രമിക്കാറില്ല അപ്പൊ പൊതുവെ അതിന് താല്പര്യം കുറഞ്ഞു വന്നപ്പോൾ മറ്റ് അവൈതികമായ മാർഗങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായി അതാണ് കുണ്ടനീ വിദ്യയും മറ്റും പ്രചാരത്തിൽ അത് ഈ വൈദിക ഉപാസനകള് പ്രചാരലുപ്തമായപ്പോഴാണ് അവൈദികമായി ഉപാസന പദ്ധതിക്ക് പ്രചാരമാണ് പക്ഷെ അതിന് അതിൽ വരുന്ന ഒരു ഭ്രമം അതെല്ലാം വൈദികമാണെന്നാണ് പലരും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അത് വൈദികമല്ല വേദത്തിൽ വേദത്തിൽ ഉപാസനകളുണ്ട് ധാരാളം പക്ഷെ അതൊന്നും വൈദികമല്ല ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ഒരു ഉപാസനകളും ക്ഷേത്ര ഉപാസനകൾ ഉൾപ്പെടെയുള്ള ഒരു ഉപാസനകളും വൈദികമല്ല അതിന് വേണമെങ്കിൽ പൗരാണികം എന്ന് പറയാം ഐതിഹാസികം എന്ന് പറയാം താന്ത്രികമെന്ന് പറയാം ആഗമികം എന്നു പറയാം അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ പറയാം പക്ഷേ വൈദികമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല ഇത്രയും നാടികളെക്കുറിച്ചൊക്കെ പറഞ്ഞു ഊർധവിധിയെക്കുറിച്ച് പറഞ്ഞു ഇങ്ങനെ പറയുന്നിടത്തും നമ്മൾ പ്രത്യേകിച്ചിടത്തെങ്കിലും ശങ്കരാചാര്യവിടെ ഷടാധാരങ്ങളെക്കുറിച്ചോ മൂലാധാരത്തെക്കുറിച്ചോ സഹസ്രത്തെ കുറിച്ചൊന്നും പറയുന്നില്ല അറിവുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞനെ അതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നാൽ അതിനെ കുറിച്ച് ശങ്കരാചാര്യരുടേതായ ബുക്കുകൾ ധാരാളമുണ്ട് എഴുതിയതായിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ഈ വിദ്യയെ കുറിച്ചൊക്കെ പറഞ്ഞതായിട്ട് അതൊന്നും ശങ്കരാചാര്യത്വം അല്ലെന്ന് മനസ്സിലാക്കാം കാരണം അങ്ങനെ പറയണമെങ്കിൽ അത് പറയേണ്ട സ്ഥാനം ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ വ്യക്തമായും നാടികളെ കുറിച്ചും കൂടുതഗതിയെക്കുറിച്ചും എല്ലാം പറയുന്നു അതിനൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ശിവശക്തി ഐക്യത്തെക്കുറിച്ച് പറയുന്നു മറിച്ച് ഇതുവഴി പോയി അങ്ങ് ബ്രഹ്മലോകത്ത് പോകുന്ന പറയുന്നത് അത് താന്ത്രികം ആകമികമായ സംഗണ്ടും കൂടെ ഒന്നാക്കി കളയരുത് അത് മറ്റ് ആചാര്യന്മാർ ആവിഷ്കരിച്ച് ഉപാസന പദ്ധതികൾ അവൈദികമായ ഉപാസന പദ്ധതികൾ അതിന് പ്രചാരം ഉണ്ടായി അത് അനുഷ്ഠിക്കുന്നവർക്ക് അതിന്റെ ഫലം ഉണ്ടാകുന്നു എന്നാണ് അവകാശപ്പെടുന്നത് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല അറിയാത്ത കാര്യം പറയാൻ വയ്യല്ലോ എന്റെ കൗണ്ടന്റ് ഇതുവരെ ഉണർന്നില്ല അതുകൊണ്ട് എനിക്കതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ണർത്താനോട്ട് നോക്കിയിട്ടില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഇവിടെ പറയുന്നത് സംഗതി വേറെയാണ് രണ്ടും കൂടെ ഒന്നാക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാനതിങ്ങനെ പ്രത്യേകിച്ച് പറയുന്നു ഇത് വൈദികമാണ് വൈദിക ഉപാസനകൾ വേറെയാണ് മറ്റത് താന്ത്രിക ഉപാസനകളാണ് അതിൻ്റെ പദ്ധതികൾ വേറെ യോഗം അതിൻ്റെ പദ്ധതി വേറെയാണ് ഇതെല്ലാം ഇതിനെല്ലാം പിൽക്കാലത്ത് വന്നപ്പോ ഭാഷകാരന്റെ കാലവും മറ്റും കഴിഞ്ഞ് പിൽക്കാലത്ത് വന്ന് പോയി എല്ലാം കൂടെ കൂടിക്കലർന്നു ഇതെല്ലാം വേറെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഒന്നായി അദ്വൈതം പറഞ്ഞാൽ ഉടനെ കുണ്ടലിനി പോകും കുണ്ടലിനിൽ പോയാൽ ഉടനെ തന്നെ യോഗത്തിൽ വരും പോയി കഴിഞ്ഞാൽ ഉടനെ അദ്വൈതത്തിൽ വരും ഇതെല്ലാം കൂടെ ഒരു അവിയൽ വരുവുമായി അതുകൊണ്ട് ആൾക്കാർക്ക് ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ഗതികളുണ്ടായി എന്താ ഇതിന്റെ മാർഗങ്ങൾ അദ്വൈതം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവസാനം ചെന്ന് കുണ്ടി ചെന്ന് കുണ്ടന്നി തുടങ്ങിയ അവസാനം എന്തെത്തുന്ന അദ്വൈതത്തിലായിരിക്കും ഇതെല്ലാം വ്യത്യസ്തമായ പദ്ധതികളാണ് വ്യത്യസ്തമായ ഉപാസനങ്ങളാണ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ പക്ഷം മനസ്സിലാക്കണം അത് ഭാഷ്യത്തിനെ മനസ്സിലാക്കാൻ പറ്റും ഭാഷയത്തിൽ എന്താണ് ഭാഷ്യകാരൻ പറയുന്നത് അത് ഭാഷ്യത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ മറ്റു പ്രകടനഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇതല്ലായിട്ട് കൂട്ടിക്കൊഴിച്ചില്ല അദ്വൈതത്തെ കുറിച്ച് പറയും ഉടനെ കുണ്ടലിനെ കുറിച്ച് പറയും കുണ്ടലിനി ഉണർന്നിട്ടാണ് അദ്വൈത സാക്ഷാത്കാരമെന്നവിടെ പറയും ഭാഷയകാരന് സമ്മതമായതല്ല കുണ്ടി ശാസ്ത്രത്തിൽ അത് സമ്മതമായ കാര്യമാണ് അവിടെ പറയുന്നത് എന്താണ് ശിവശക്തി ഐക്യം എന്ന് പറയുമ്പോൾ അദ്വൈതമാണ് അത് കുണ്ടന്യ ഉപാസനയുടെ ഫലമാണെന്ന് അതിൻ്റെ ആചാര്യന്മാർ പറയുമ്പോൾ അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല അതൊരു ശാസ്ത്രമാണ് അതൊരു സമ്പ്രദായമാണ് അതൊരു പരമ്പരയാണ് പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശാങ്കരഭാഷ്യം പഠിക്കരുത് ഭയങ്കര ഭാഷയത്തൂടെ അത് മനസ്സിലാക്കിക്കളയാന്ന് വിചാരിക്കുന്നു ഞാനത് പ്രത്യേകം പറയുന്ന കാര്യം ഒരാളിതൊക്കെ കേട്ടിട്ട് എന്നോട് ചോദിച്ചത് ഇത്രയും കാലം ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് ഒരു കുണ്ടണ്ണിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്കും വിവരമില്ല അതിനെക്കുറിച്ച് പിന്നെ ഇതെഴുതിയാണെന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒരിടത്തും എഴുതിയിട്ടില്ല വിവരമുള്ള കാര്യങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എത്രയോ ഉപാസനകളെ കുറിച്ച് പറയുന്നു കുണ്ടണ്ണിയെക്കുറിച്ച് പറയുന്നില്ല പറയാത്ത അങ്ങനെ കരുതാൻ നിർബന്ധിതനായിരിക്കാണ് ശങ്കരാചാര്യർക്ക് കുണ്ടണ്ണിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഭാഷയത്തിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല പറയേണ്ട സന്ദർഭങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ തരത്തിനത് പലർക്കും ബുദ്ധിമുട്ടും ദുഃഖവും വ്യസനവും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് ശങ്കരാചാര്യർക്ക് കുണ്ടന്നെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ സ്വാമി എന്താ പറയുന്നു പറഞ്ഞു പറഞ്ഞു എവിടെ എത്തി എന്ന് ചോദിച്ചു ഇവിടെ കാണുന്നില്ല ഭാഷയത്തിലില്ല ഇല്ലാത്ത കാര്യം എങ്ങനെ പറയും ഷയത്തിൽ ഒരിടത്തും അതിനെ കുറിച്ച് പറയുന്നില്ല ഈ ഭാഷകളിലൊന്നും ഈ ശങ്കരാചാര്യ പേരിൽ എഴുതിയ പല പുസ്തകങ്ങളിലും ഉണ്ട് അതൊക്കെ വിശ്വസിക്കാനും നിവൃത്തി ഇവിടെ വരണോ അതിനു പറ്റിയ ഒരു സ്ഥാനമാണിത് തയോർദ്ധമായ അമൃതത്വമേതി അതുകൊണ്ട് ഉറപ്പിച്ച് തന്നെ പറയാം ശങ്കരാചാര്യർക്ക് അത് അങ്ങനെ പറയുന്ന കാര്യം ചിലർക്ക് നിർബന്ധമാണ് ഈ കുണ്ടണ്ണി ഉണർന്നാലേ ഒരു മോക്ഷം കിട്ടു കുണ്ടണ്ണി ഉണരത്തില്ലെന്നോ കുണ്ടി ഉണർന്ന് മോക്ഷമില്ലെന്നോന്ന് ഞാൻ പറയുന്നു നമുക്കറിയാൻ വയ്യാത്ത കാര്യം ഇങ്ങനെ പറയുന്നു ഞാൻ തപ്പി നോക്കിയിട്ട് അവിടെ ഒരു കുണ്ടന്നിയും കണ്ടില്ല ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഭാഷകാരൻ അത് പറയുന്നു അതേ ഞാൻ പറയുന്നു ഇനി എന്നെ ഒരു കുണ്ടന്യ വിരോധിയായിട്ടൊന്നും നിങ്ങളെ അവതരിപ്പിക്കരുത് അതല്ല ഭാഷ്യത്തിലെന്ന് പറയുന്നു എന്നെ ചോലപ്പെടുത്തിയിരിക്കുന്ന ഭാഷ്യം വ്യാഖ്യാനിക്കാണ് ഭാഷ്യത്തിൽ എന്ത് ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം ചില കാര്യങ്ങളില്ലെന്ന് പറയുന്നത് എന്റെ ജോലിയാ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളു ഉത്യെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഉത്യർത്ഥം അപ്രഹ് പിന്നെ വേറൊന്നും ഉണ്ടണ്ണി അഭ്യസിക്കുന്നവരെന്ന് നിരാശപ്പെടുത്താനുമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് അഭ്യസിക്കുക എന്നെങ്കിലും ഒരിക്കലും അത് ഉണരും കാര്യത്തിൽ ഞാൻ കാരണം ശാസ്ത്രം അതിനുമുണ്ടല്ലോ ശാസ്ത്രം അതേ നിരാശപ്പെടരുത് പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കും അതിനുവേണ്ടി മാത്രം പറയുന്നു ദുരഭ്യാസ പ്രകടന സമാപ്തിയർത്ഥ ഈ പ്രകടനം സമാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉത്കർമന ഭവന്തി ഉത്കർമുന ഭവന്തി എന്ന് രണ്ടുപോണ പറഞ്ഞിരിക്കുന്നത് ഉപാസന ഇവിടെ പറയുന്ന ഉപാസന ഇവിടെ അവസാനിപ്പിച്ചു അടുത്ത് ഇന്ദ്രനും വിരോചനും പ്രജാപതിയുടെ അടുത്ത് അടുത്ത് പറയുന്നത് അതിന് ആമുഖമായിട്ട് ഭാഷകാരം പറയുന്നു പരഞ്ജ്യോതിരൂപം പറഞ്ഞാണ് സേനരൂപേശാത്മ ഈ കാര്യങ്ങളുമ്പ് പറഞ്ഞു ഏതത് ബ്രഹ്മ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിന് വേണ്ടിട്ട് സുഷുതി അവിടെ നിരൂപണം ചെയ്തു അതുപോലെ ജീവന്റെ ഗതിയെ കുറിച്ച് പറയുമ്പോൾ അത് ആ ജീവന്റെ ഗതി രണ്ടു തരത്തിലാണ് ഒന്ന് ഈ സ്ഥൂല ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജയനാടികളിലൂടെ സഞ്ചരിച്ച് ജീവൻ സുഷുത്തിൽ ബ്രഹ്മലോകത്തെ എത്തിച്ചേരുന്നു സുഷുത്തിയിലെ ബ്രഹ്മലോകം അതൊന്നു അത് അധ്യാത്മമായ ഗതി എന്ന് പറയും മറ്റൊന്ന് ആധി ദൈവികമായ ഗതി എങ്ങനെ അവിടെ ശരീരം വിട്ടിട്ട് ഉപാസകർ മറ്റു സർവ്വസാധാരണമായിട്ട് സർവ്വ ജീവന്മാർക്കുള്ളാണ് അധ്യാത്മമായ ബ്രഹ്മലോക പ്രാപ്തി അപ്പൊ ആ ബ്രഹ്മലോകപ്രാപ്തി രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു ഒന്നിന് സാധനങ്ങളും ആവശ്യം അഹരഹ എല്ലാ ദിവസവും അവിടെ അതിനെ കുറിച്ച് പറഞ്ഞ പ്രത്യേകം പറഞ്ഞു അഹരഹ എന്ന് വെച്ച പ്രതിദിനം സതിസമ്പത്തിനവിത് സതിസമ്പദ് മഹി അവിടുത്തെ പ്രത്യേകത എന്താണത് ബോധമില്ലാതെ പോകുന്നു അറിഞ്ഞിട്ടുള്ള പോകുന്നു ഇതൊരു ഞാൻ സംശയിച്ചു പറയുകയു അപ്പൊ എന്നുള്ള ഈ പോക്ക് വരവ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അവൻ അജ്ഞനായി തന്നെ ഇരിക്കുന്നു അവൻ സംസാരികമായിരിക്കുന്നു ജനന മരണങ്ങളെ അവൻ പ്രാപിക്കുന്നു ഇനി ഉപാസകന്റെ അങ്ങനെയല്ല ഉപാസകനും വിട്ടുപോകുന്നു അതിൽ വ്യത്യാസമുണ്ട് എന്നും ഈ ബ്രഹ്മലോകത്ത് പ്രാപിക്കുന്നവൻ മരിക്കുന്നു അവന്റെ അവസ്ഥ എന്താണ് ബന്ധുക്കളെല്ലാം അടുത്തിരിക്കും പോകാൻ പറയുന്നു അവനോട് ചോദിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല ബോധമില്ലാതെ പോകുന്നു ബോധമില്ലാതെ അവൻ മരിച്ച് അവൻ അവനുമുണ്ട് സത്സമ്പത്തി ഭാഷകാരൻ പറഞ്ഞു സുഷൃത്തി മൂച്ച മരണം സർവ്വത്രയുണ്ട് സർവത്ര ആ സത്സമ്പത്തി ഉണ്ട് പക്ഷെ ഇനി മറ്റൊന്നും ഇവിടെ പറയുന്ന വാസനന്റെ ആതി ദൈവികമായിട്ടാണ് അങ്ങനെ അവൻ ഈ ശരീരം അവസാന സമയത്ത് ബോധപൂർവം തന്നെ മറ്റതുപോലെ തന്നെ അതിനാണ് ഹൃദയത്തിന് നാടി അതിലൂടെ മൂർധാവിലൂടെ അവൻ ഈ സമഷ്ടിയിലുള്ള ആ ബ്രഹ്മലോകം ഇത് വഷ്ടി സംഭവിക്കുന്ന കാര്യം പറഞ്ഞു സുഷുതി ആ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു അത് ഉസനയുടെ ഫലം രണ്ട് സ്ഥലത്തും ഗതിയുണ്ട് ഒരു ഗതി ഈ ശരീരത്തിനുള്ളിൽ തന്നെ മറ്റൊരു ഗതി ശരീരം വിട്ട് സൂര്യമണ്ഡലത്തിലൂടെയുള്ള ഗതി ഉപാസകന്റെ അത് എത്തിച്ചേരുന്ന ബ്രഹ്മലോകത്തിൽ തന്നെ പക്ഷെ അത് ഈ ആധ്യാത്മികമായ ബ്രഹ്മമല്ല ആദ്യ ഭൗതികമായ ബ്രഹ്മമാണ് എന്നുവെച്ചാൽ ഈ ആധാരമായിരിക്കുന്ന ബ്രഹ്മലോകത്തെ എത്തിച്ചേരുന്നു അത് മനുഷ്യൻ ഇവിടെ നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു ഒരു സെക്കൻഡ് കൊണ്ട് പോയി വരുന്നു മറ്റങ്ങനെയല്ല കൽപ്പാന്തം വരെ അവിടെ ഇരിക്കുന്നു അതിന് വിശേഷത ഉണ്ട് അതിനെക്കുറിച്ചും പറഞ്ഞു മൂന്നാമത് തത്വജ്ഞന്റെ നില ഇവിടെ പോക്ക് വരവില്ല അതിനാണ് ഇവിടെ സംഹരിക്കഹരിക്കുന്നത് അഭയമേതദ് ബ്രഹ്മ അപ്പം ആ ബ്രഹ്മ എന്ന് പറയുന്നത് രണ്ടിനെ കുറിച്ചും പറയാം അജ്ഞന്റെ ബ്രഹ്മലോകപ്രാപ്തി ഉപാസകന്റെ ബ്രഹ്മലോകപ്രാപ്തി തത്വജ്ഞന്റെ ബ്രഹ്മനിഷ്ഠ ഇതെല്ലാം എന്താണ് ഏത് തമൃതം അഭയമേതദ് ബ്രഹ്മ തത്ര കോസുസംപ്രസാദ് കഥം വാ തസ്യ അധികമോ യഥാ സ്വസ്മ ശരീര സമുദ്ധായ പരം ജ്യോതിരൂപസംപദ്ധദ്യ സേന രൂപേണ വിനിഷ്പയതേ നമ്മുടെ ചർച്ച ചെയ്യുന്ന മുഴുവനാ ആത്മാവിനെ കുറിച്ചാണ് സംപ്രസാദിനെ കുറിച്ചാണ് സ്വസ്വരൂപത്തെ കുറിച്ചാണ് കഥം വാ തസ്യധിഗമം ഏതെല്ലാം ഉപായത്തിലൂടെ അതിനാവില്ല എല്ലാ ഉപായങ്ങളും അതിൻ്റെ അറിവിന് വേണ്ടിയിട്ടാണ് സ്വരൂപ അധികമം എങ്ങനെയൊക്കെ സംഭവിക്കാം യഥാസുസ്മ ശരീര സമുദായ പരംജ്യോതിരൂപസമ്പദ് സേന രൂപേണ അഭിനിഷ്പത ഈ ശരീരത്തിൽ നിന്നും ഉയർന്ന് പരമമായ ജ്യോതിസിനെ പ്രാപിച്ച് സ്വസ്വരൂപത്തിൽ സ്ഥിതിചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന സമ്പ്രസാധന വീണ്ടും വിശദീകരിക്കുന്നു ഇതുവരെ വിശദീകരിച്ചിട്ടും മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു പ്രായമല്ല വീണ്ടും വിശദീകരിക്കും അത് ശ്രദ്ധിക്കുക അറിയാം ും പലതരത്തിൽ പല അധികാരികൾക്ക് വേണ്ടി അതിനെ വിശദീകരിക്കുന്നു എന്താണ് അതിൻ്റെ ലക്ഷണംബന്ധീനി പരരുപാണി തഥം സ്വരൂപം ഇത്യേ അർഥ പറയുന്നു ഈ സമ്പ്രസാദനാണെങ്കിലും ഈ സമ്പ്രസാദന ദേഹാഭിമാനം വന്നു അദ്ദേഹത്തെ ആശ്രയിച്ച് നാനാ രൂപങ്ങളുണ്ടാകുന്നു അതിനനുസരിച്ച് നാന ഉപാസനകളുണ്ടാകുന്നു നനഫലങ്ങളുണ്ടാകുന്നു ഏതന്യകഥം സ്വരൂപം നിത്യതെ അർത്ഥ വക്താവ് ഇതെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഉത്തരഗ്രന്ഥ ആരംഭ്യത ഉത്തരഗ്രന്ഥത്തെ ഇവിടെ ആരംഭിക്കുന്നു ആഖ്യായകമ്പ്രദാന വിധി പ്രദർശന ഇവിടെ ഒരു കഥ പറയുന്നുണ്ട് കഥയിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് ഭാഷ്യകാരം കേവലം ആ വിദ്യാഗ്രഹണ സമ്പ്രദാന വിധി വിദ്യ എങ്ങനെ ഗ്രഹിക്കണം വിദ്യ എങ്ങനെ നൽകണം അതിനൊക്കെ വിധിയുണ്ട് വിദ്യ എങ്ങനെ ഉപദേശിക്കണം വിദ്യ എങ്ങനെ ഗ്രഹിക്കണം എന്നുള്ള വിധി അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വിദ്യ അസ്തുത്യർത്ഥാശ അത് മാത്രമല്ല വിദ്യ വളരെ മഹത്വം എന്നതാണ് മഹത്വമുള്ളതാണ് എന്നതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി ഇതുപോലെ രാജസേവിതം പാനീയം പാനീയം എന്ന് വെച്ചാൽ പാനം ചെയ്യാൻ യോഗ്യമായത് അതാണ് പാനീയം പാനാർഹമായതെല്ലാം പാനീയമാണ് പക്ഷെ ഒരു പ്രത്യേക ജ്യൂസ് ഉണ്ടാക്കി ഒരു ഒരു കമ്പനി എന്നിട്ട് അതിനൊരു ലേബലൊട്ടിട്ട് രാജസൈവിതം ഇത് രാജാവ് കുടിച്ചാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കൂടും അതുപോലെ രാജസൈവിതം പാനീയം എന്ന് പറയുന്നു പാനാർഹമാണെങ്കിലും രാജാവ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് വലിയ മഹത്വം വരും ഡിമാൻഡും അതുപോലെ വിദ്യ സ്തുതിക്കുന്നതിന് വേണ്ടി കഥകളൊക്കെ പറയുകയാണ് എങ്ങനെ ഈ വിദ്യ സാക്ഷാത് പ്രജാപതി ഉപദേശിച്ചാണ് അതും ആർക്കുപദേശിച്ചു സാക്ഷാത് ഇന്ദ്രൻ ഉപദേശിച്ചാണ് പ്രജാപതി നൽകി ഇന്ദ്രൻ ഗ്രഹിച്ചു അങ്ങനെയുള്ള ഈ വിദ്യ എത്ര മഹത്വമുള്ളതാണ് ഇങ്ങനെയെല്ലാം ആൾക്കാരെ ബോധിപ്പിച്ച് അവർക്കിതിൽ അഭിരുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി വിദ്യ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥ അതായത് ഇതൊന്നും ഒരു കാര്യമായിട്ടെടുത്ത് കളയരുത് അങ്ങനെ ഒരു പ്രജാപതി എന്ന് പറയുന്ന ഒരാളവിടെയിരുന്നു എന്ന് പറയുന്ന ഒരാളവിടെ ചുദേശിച്ചു അങ്ങനെയൊന്നും ചിന്ത പോകണ്ടെന്നാണ് മഹത്വമുള്ളതാണ് അതിനുവേണ്ടി സ്തുതിക്കുന്നു മഹത്വത്തെ സ്തുതിക്കുക ആത്മാ അപഹതപാത്മാഡലോ വിമൃത്തു വിശോകോ വിജിഖത്സു അപ്പസത്യകാ സത്യസ്പ സിജിജാസി ലോകാതി സർവാംശാമാത്മാനം അനുവിദ്യ വിജതി ഇത് ഭക്ഷകാലൻ പല ഭാഗങ്ങളിലും ഉദ്ധരിക്കുന്ന ഒരു മന്ത്രമാണ്ഹിതനാണ് വിചരൻ വിമൃത്യു ബിശോകൻ വിശപ്പില്ലാത്തവനാണ് അപ്പിപ്പാസ ദാഹമില്ലാത്തവനാണ് സത്യകാമ സത്യസങ്കൽപ്പനാണ് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്താണ് യസ്യ ഉപാസനായ ഉപലബ്ധിയർത്ത ഹൃദയപുണ്ഡരീകം അഭിതം അതിൻ്റെ വേണ്ടി ഉപാസനയിലൂടെ അതിൻ്റെ ഉപലബ്ധിക്ക് വേണ്ടി ഹൃദയപുണ്ഡരീകത്തെ എന്നുമ്പോൾ പറഞ്ഞു യസ്മിൻ കാമ സമാഹിത സർവ്വകാമങ്ങളിൽ അതിൽ സമാഹിതമാണ് എന്ന് പറഞ്ഞു സത്യാന്ത അഭിധാന അത് അനുഭവം കൊണ്ട് മൂടിയിരിക്കുന്നില്ല ഇതുപാസന സഹഭാവി ബ്രഹ്മചര്യം അതിൻ്റെ ഉപാസനയ്ക്കാണ് ബ്രഹ്മചര്യം ആവശ്യമായി വരുന്നത് ബ്രഹ്മോപാസനയ്ക്ക് സാധനമുക്തം ഉപാസന ഫലഭൂതം ഭൂതകാമപ്രതിപത്തേച്ച മൂർധന്യ നാട്യാഗതിരഭിത പറയുന്നു ഉപാസനയുടെ ഫലമായി സർവകാമാപ്തി എന്ന് അതിനു വേണ്ടിയിട്ട് മൂർധന്യ നാടിയിലൂടെയുള്ള ഗതിയെ പറഞ്ഞു സ്വനിഷ്ഠവ്യ ഇങ്ങനെയെല്ലാം ഉള്ള ആത്മാവ് ആത്മാവിനെ കുറിച്ച് വളരെ വിശദീകരണങ്ങളുടെ പറഞ്ഞു ആത്മാവ് സ്വനിഷ്ഠവ്യ അത് ശാസ്ത്ര ആചാര്യ ഉപദേശീയ ജ്ഞാതവ്യ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ശാസ്ത്രത്തിലൂടെ ആചാര്യ ഉപദേശത്തിലൂടെ അതിനെ ഗ്രഹിക്കുക ചാര്യന്മാരുടെ ഉപദേശമാണ് ശാസ്ത്രം വർത്തമാനത്തിലുള്ള ആചാര്യന്റെ വാക്കുകളാണ് ഉപദേശം സവിശേഷ അതിനെ വിശേഷമായി അറിയണമെന്ന് വെച്ചാൽ പ്രത്യക്ഷമായി തന്നെ അറിയണം വിജിജ്ഞാസിതവ്യസംവേദ്യതമാപാദിതവ്യഹ പറയുന്നു ഇതൊരു കഥയല്ല മറിച്ച് എന്താണ് സ്വസംവേദ്യത സ്വ അനുഭവത്തിൽ എത്തിക്കുക ആപാദയിതെ സ്വാനുഭവത്തിൽ എത്തിച്ചേരുക അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് ഈ വിദ്യ എന്ന് ഭാഷകാരം പറയും ആ അനുഭവം എങ്ങനെയാണ് അതിന്റെ സ്വരൂപം എന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കിം തസ് അന്വേഷണ വിജിജ്ഞാസനാ ചത് എത്തിച്ചത് അതുകൊണ്ട് എന്താ പ്രയോജനം സർവാംശല ശ്രാചാര്യസം ആ സർവോക ഈ ഉപാസകന്റെ ഫലത്തെ കുറിച്ച് പറയണ ഇങ്ങനെ ഉപാസന ചെയ്ത് മരണസമയത്ത് മൂർധാവിനൂടെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ട് ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നവൻ സർവാൻ ലോകൻ സർവഫലങ്ങളെയും ഉപദേശിയൻ അന്വേഷ്യാദി സിതാപാതീന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അവനെ പ്രാപിക്കുന്ന സർവാത്മനാ ഫലം ഭൂതി സർവാത്മതാ ഫലം ആത്യന്തികമായി തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലാണ് പറയുന്നെങ്കിൽ സർവാത്മഭാവം തപാനേ സർവ്വതസമ്പളി എന്നാ ഇത് രണ്ട് ദൃഷ്ടിയിലും പറയും ഉപാസനയുടെ ദൃഷ്ടിയിൽ മറ്റൊന്ന് തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ ഭാഷകാരൻ രണ്ട് എടകലർത്തി പറയും സർവ്വകാമങ്ങളെയും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപാസനയുടെ ദൃഷ്ടിയിൽ ബ്രഹ്മലോകത്തിൽ പോയി അവിടെയുള്ള ഭോഗങ്ങളെയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് തത്വജ്ഞാനത്തിന്റെ സൃഷ്ടിയിലാണെങ്കിലോ സർവാത്മഭാവം തന്നിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല ആ രീതിയിൽ സർവത്തെയും പ്രാപിച്ചിരിക്കുന്നു കാമ്യമായി പ്രാപിക്കേണ്ടതായി മറ്റൊന്നുമില്ല രണ്ടു തരത്തിലും പറയാപതിരുവാച അന്യഷ്ടോ വിജിതേദിഷ നിയമവിധി ഇത് മീമാംസയുടെ ഒരു നിയമത്തെ പറയുകയാണ് വിധിയുടെ അത്യന്തം അപ്രാപ്തവും നിയമപാക്ഷിക അത്യന്തം അപ്രാപ്തമായ കാര്യങ്ങളെ കുറിച്ചുള്ള വേദവിധിയെ അപൂർവവിധി എന്ന് പറയും ഉദാഹരണം പറയുന്നത് സ്വർഗ കാമീമാംസയുടെ വിഷയം സ്വർഗത്തെ ആഗ്രഹിക്കുന്നു യാഗം ചെയ്യണോ എന്ന് പറഞ്ഞത് മറ്റൊരു പ്രമാണത്തിലൂടെയും സ്വർഗ്ഗത്തെക്കുറിച്ചോ യാഗം സ്വർഗത്തിനുപായമാണെന്നോ തുടങ്ങിയ കാര്യങ്ങളെന്നോ അറിയാൻ നിവർത്തിയില്ല വേദത്തിലൂടെ മാത്രം അറിയണം അപ്പം വേദത്തിലൂടെ മാത്രം അറിയുന്ന കാര്യങ്ങളാണ് അപൂർവവിധി അപൂർവവിധി എന്ന് പറഞ്ഞു ഇനി നിയമവിധിയുണ്ട് നിയമപാക്ഷിക ഏതെങ്കിലും തരത്തിൽ അത് പ്രാപ്തമാവുമ്പോൾ അതിനു വീണ്ടും അതിനൊരു വ്യവസ്ഥ ചെയ്യുന്നതാണ് നിയമവിധി അത് മറ്റു തരത്തിൽ അറിയാം ഇവിടെ പറയുന്നുണ്ട് മിഥ്യാജ്ഞാന സംസ്കാര പ്രബല്യ അനാത്മ അഭിനിവേശാസ്ത്രാചാര്യാഭ്യാ ആത്മാഅന്വേഷണമേവ കാര്യം അങ്ങനെയും വ്യാഖ്യാനിക ഏതൊരു വ്യാഖ്യാനമാണെന്നേ ഉള്ളൂ ഇവിടെ ആത്മാഭിനിവേശം ഇല്ല മറിച്ച് ശരീരാദികളുള്ള ആത്മാഭിനിവേശമാണുള്ളത് അതുകൊണ്ട് മിഥ്യാജ്ഞാന സംസ്കാരം കൊണ്ട് ഇതിങ്ങനെ പ്രാപ്തമായ ഇവിടെ ആത്മബോധമുണ്ട് ശേഷം ആത്മബോധം ഇല്ലാതിട്ടുണ്ട് പക്ഷെ ആത്മബോധം എവിടെയിരിക്കുന്നു ഈ ശരീരത്തിൽ ശരീര ആത്മാവാണെന്ന് ധരിച്ചിരിക്കുന്നത് വിരോചനം മറ്റും ധരിച്ചത് കൊണ്ട് ഇനി ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ടെന്ന് ധരിച്ചാൽ തന്നെ അതും അപൂർണമായിട്ടാണ് ശാസ്ത്രാചാര്യപദേശിച്ച മന്ദിരേണേഷണേ സ്വതന്ത്ര ഉപായാന്തര ഭാവ ശാസ്ത്രാചാര്യതായി മാർഗം ശ്രുതിയുടെ മാർഗം സദ്വിധം അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ആശയത്തെ ഉൾക്കൊണ്ട ആചാര്യന്മാരുടെ മാർഗം തന്നെ സമ്പ്രദായം എന്ന് പറയുന്നത് ഇതല്ലാതെ ആത്മാന്വേഷണത്തിന് വേറെ സ്വതന്ത്രമായ ഉപായങ്ങളൊന്നും തന്നെയില്ല ഒന്നുകിൽ അശ്രുദ്ധിയെ ആശ്രയിക്കുക അല്ലെങ്കിൽ ആചാര്യനെ ആശ്രയിക്കുക അതാണ് ഭാഷകാരൻ എപ്പോഴും പറയും ശാസ്ത്രാചാര്യ ഉപദേശം ഇതല്ലാതെ സ്വതന്ത്രമായ മാർഗമൊന്നുമില്ല പക്ഷെ എന്നാലും ആത്മബോധം ആൾക്കാർക്കുണ്ട് ഞാൻ ഇതല്ല ആത്മബോധം പക്ഷെ അത് ശരീരത്തെ എത്തി നിൽക്കുന്നു ഇങ്ങനെ ഒരു ആത്മബോധം പ്രാപ്തമാവുമ്പോൾ ശാസ്ത്രനും ശാസ്ത്രവും ആചാര്യനും പറയുന്നു ഇതല്ല എന്ന് അതിനെ ശുദ്ധീകരിക്കും അതാണ് നിയമവിധി എന്ന് അത് പ്രാപ്തമായി പക്ഷെ അതിനെ വ്യക്തമാക്കുന്നു ഇത് പൂർവ്വ മീമാംസയില് ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് അപൂർവവിധി നിയമവിധി പരിസംഖ്യാവിധിങ്ങനെ മൂന്നായിട്ടെത്തിരിക്കുന്നു അന്യത്രജപ്രാപ്തോ പരിസംഖ്യത അടുത്ത സംഗ്രഹത്തിനും മറ്റും പറയും ശ്ലോകവാർത്തത്തിനും മറ്റും പറയുന്നു അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഭക്ഷ്യകാരൻ ഇതൊരു അപൂർവവിധിയല്ല പൂർവ്വമായ ഒന്നിനെ ബോധിപ്പിക്കുകയല്ല ആത്മാവ് അപൂർവമല്ല ആത്മാവ് ഏത് രീതിയിൽ നോക്കിയാലും ശരി സർവ അനുഭവ സിദ്ധമായ കാര്യമാണ് പക്ഷെ എന്നാലും ആരും ആത്മജ്ഞാനികളല്ല അതുകൊണ്ട് അതിനൊന്ന് പരിഷ്കരിക്കുന്നു അതാണ് നിയമവിധി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് വളരെ ദീർഘമായ ചർച്ച സുരേഷ് രാജേ ബൃഹദാരുണ്യ വാർത്തകത്തിനും മറ്റും നടത്തും അദ്വൈത വിഷയത്തെ ഇങ്ങനെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്നവർ മുഖ്യമായ വിഷയമാണിത് പ്രത്യേകിച്ചും മീമാംസകരായ പണ്ഡിതർ അപ്പയ്യാധീക്ഷത്തില് സുരേഷ് ആചാര്യ പോലെയുള്ളവരൊക്കെ വാചസ്പമിശ്ര ഇവരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വലിയ വാതകോലാഹലങ്ങളാണ് ഇതിനെ കുറിച്ച് ഇത് അപൂർവവിധിയാണോ അതോ നിയമവിധിയാണ് അങ്ങനെയുള്ള ചർച്ചകൾ ഭാഷകാലന സൂചിപ്പിച്ചിട്ട് പറയും നമുക്കിപ്പോൾ അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല ഇത് നിയമവിധിയാണ് ഇത് പ്രാപ്തമായ ഒന്നിനെ വ്യക്തമാക്കുകയാണ് അന്വേഷാർത്ഥത്വ അന്വേഷണ ജിജ്ഞാസനയോഹോ ജിജ്ഞാസ അന്വേഷണം ഇതിനൊക്കെ ദുഷ്ടമായ ഫലമുണ്ട് ദുഷ്ടാർത്ഥത്വം ചർച്ചയെ നഹമത്ര ഭോഗ്യം പശ്യാമേനാസകളും ീ ലോകത്ത് എനിക്ക് ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ലാഹമത്ര ഭോഗ്യം പശ്യാമി ഇവിടെ കാണുന്ന ഒന്നും എനിക്ക് ഭോഗ്യമായതല്ല അല്ലെങ്കിൽ എന്താണോ എനിക്ക് വാസ്തവത്തിൽ ഭോഗ്യമായിരിക്കുന്നത് അതെനിക്ക് ഈ ലോകത്ത് കാണാൻ പറ്റുന്നില്ല ഈ ശരീരാഭിമാനത്തിൽ ഈ ശബ്ദസ്പർശാതി വിഷയങ്ങളിൽ അതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല പരരൂപേണജ ദേഹാദ്യ ധർമ്മീരവഗമ്യ മാനസ്യ ആത്മ സ്വരൂപാധികമേ വിപരീത അധികം എന്ന് പറയുന്നത് ദഷ്ടം ഫലമിരി എന്താണ് ദഷ്ടഫലം ഇതെങ്ങനെയാണ് നിയമവിധിയാവെന്ന് പറയുന്നത് പരരൂപേണത് ദേഹാതി ധർമ്മിയാവുകയും ആത്മാനുഭവം ഉണ്ട് സർവർക്ക് പക്ഷെ അത് പരരൂപത്തിലേ ദേഹധർമ്മത്തിൽ ഞാൻ എന്റേത് ഈ തരത്തിൽ ദേഹ അഭിമാനത്തോടു കൂടി ആത്മാവിനെ അറിയുന്നു അതിന്റെ സ്വരൂപ അധികമേ പക്ഷേ സ്വസ്വരൂപത്തെ അറിയണം അപ്പം വിപരീത അധികം നിവൃത്തി സ്വരൂപ അധികമെന്ന് പറയുന്നത് എന്താണ് അവിടെ മുഖ്യമായെന്താ സംഭവിക്കുന്നത് വിപരീതജ്ഞാനം നിവൃത്തി ദേഹാദികളിലുള്ള ആത്മബോധം അഹന്ത മമത ഇവയുടെ നാശം ദൃഷ്ടംഫലം ഇത് പ്രത്യക്ഷമായ ഫലമാണ് ആത്മജ്ഞാനത്തിന്റെ ഫലം പ്രത്യക്ഷമാണ് അഭിമാന നാശമാണ് ഭിമാനം എന്ന് പറയുമ്പോൾ കുറച്ച് സമ്പത്തുണ്ട് അതിലഭിമാനിക്കുക വിദ്യയുണ്ട് അതിലഭിമാനിക്കുക അങ്ങനെയുള്ള അഭിമാനമുണ്ട് സർവ അഭിമാനക്കും മൂല കാരണമായിരിക്കുന്ന ദേഹാഭിമാനം സുഷുതിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഈ ജീവൻ ആദ്യം പിടികൂടുന്ന സാധനം അതാണ് ആ അഭിമാനം അതിൻ്റെ നിർത്തി ദുഷ്ടംഫലം അതാണ് ആത്മവിദ്യയുടെ ഫലം അതുകൊണ്ട് ഇത് നിയമാർത്ഥദേഗ്നി അപൂർവവിധിത്വമീ അഗ്നിഹോത്രാദികളെ പോലെ ഇതൊരു അപൂർവവിധിയല്ല എന്ന ആഖ്യായികയെ കുറിച്ച് പറയുന്നു കഥയെ കുറിച്ച് എന്താണ് അനുബുധിരി തേ ോചു ഹത്മാനമന്വേഷമോ യം ആത്മാനമന്വിഷ്യ സർവാംശലോകുനോതി സർവാംശ കാമാൻ ഇന്ദ്രോഭൈവേവാജവിചനോ അസുരാണ തൗഹ അസംവിധാന സമിപാണി പ്രജാപതിജഗ്മു തന്നുഭൈ ഇഖ്യയി പ്രയോജനമുക്തം തദ്ധി പ്രജാതിർവനം ഉഭേ ദുര ബുടനുബു പറഞ്ഞത് സത്മാ പഹത പ ഇതും പ്രജാപതി പറഞ്ഞാണ് ഇതെല്ലാം കേട്ടിട്ട് പ്രജാപതിർ വചന ഉഭയേവാസുരേവാസ് അനു പരമ്പരാഗതം സ്വകർണഗോചരം ആപന്നം അനുബുബുധിരി അനുബുദ്ധവന്ത പ്രജാപതി പണ്ടങ്ങോ ഇത് പറഞ്ഞു ആത്മാപത പാത്മാ വിചരോ വിമൃർത്ത് വിശവോ ഇതെല്ലാം പ്രജാവതി പറഞ്ഞു എന്നിട്ട് അവസാനം പറഞ്ഞതാണ് സർവാംശ കാമാൻ സർവാംശലോകാൻ ഈ ആത്മാവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ സർവ ലോകങ്ങളെയും സർവകാമങ്ങളെയും പ്രാപിക്കാം ഇതാണ് ദേവന്മാരെ ഈ അസുരന്മാരെ ഈ ദേവന്മാരും അസുരന്മാരുമെല്ലാം ഈ മൂന്ന് ലോകങ്ങളിൽ കീഴടക്കാൻ നടക്കുന്നവരാണ് അമൃത അന്വേഷിച്ച് നടക്കുന്നവരാണ് ഇതെവിടെ കെട്ട് അപ്പം സർവ്വലോകങ്ങളെയും സർവകാമങ്ങളെയും ആഗ്രഹിക്കുന്നവരാണ് ഇവരുടെ അങ്ങനെ അന്വേഷിച്ചു കൊണ്ടപ്പോഴാണ് പ്രജാവതി പറയുന്ന ഇത് കേട്ടത് ദേവാശാസുരാശനു പരമ്പരാഗതം സ്വർണ് കർണ്ണഗോചരാപന്നം എന്താണ് ഈ ആത്മാഅ അപകത പാത്മാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവ്വലോകങ്ങളും നേടാം സർവ്വകാമങ്ങളും നേടാം അപ്പം യുദ്ധത്തിൻ്റെ എന്നും ആവശ്യമില്ല പരസ്പരം പോരടിക്കേണ്ട കാര്യമില്ല അനുപബുദ്ധിരേ അനുബുദ്ധവന്ത ശ്രീ സഹിദ് പ്രജാപതി വജനോ ബുദ്ധിമാർ അക്കുർവൻ ഈ മൂന്ന് ലോകങ്ങളും ഇന്ദ്രപദവി ലോകം ഇതെല്ലാം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്തു നടക്കുന്ന കാലമാണ് വലിയ ശത്രുക്കളായിട്ട് ആ സമയത്താണ് പ്രജാപതിയുടെ പ്രസ്താവന വന്നത് എന്താണ് ഈ ഈ ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ മൂന്ന് ലോകം കിട്ടും സർവതം ഇഷ്ടം പോലെ കുടിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഹുക്തോന്മാനം അന്വേഷണം കേട്ടുകഴിഞ്ഞ സദസ് കൂട്ടി മീറ്റിംഗ് വിളിച്ചുകൂട്ടി സ്വപരിഷം എന്റെ ദേവന്മാരെയും വിളിച്ചു കൂട്ടി നിരോചനനാണ് അസുരന്മാരുടെ രാജാവ് അയാളും തന്റെ സൈന്യങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ തൽക്കാലത്തേക്ക് യുദ്ധം വിരാമോ എന്തുകൊണ്ട് പ്രജാപതി പറഞ്ഞിട്ടുണ്ട് ഈ ആത്മാഅബദാത്മ അതറിഞ്ഞു കഴിഞ്ഞാൽ സർവ്വ ലോകങ്ങളെയും സർവ്വകമങ്ങളെയും പ്രാപിക്കാം കൊണ്ടിന് നമുക്ക് തമ്മിലടിക്കുന്നു അവിടുത്തെ യുദ്ധത്തിനൊന്നും പോയേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമുക്ക് ജനാധിപത്യ രീതിയിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കാം എന്ത് അനുമതിർഭവതാം നിങ്ങളെല്ലാവരും എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ പ്രജാപതിന ഉത്തം തത്മാനം അനുഷാമോ ഞാനൊരു കാര്യം ചെയ്യാം പ്രജാപതിയുടെ അടുത്ത് നമ്മൾ ഈ സൈന്യവും യുദ്ധ സന്നാഹങ്ങളൊന്നുമായിട്ട് പോയിട്ട് കാര്യമില്ല ഞാൻ പോയി പ്രജാപതിയുടെ അടുത്ത് പോയി വിവരം അന്വേഷിച്ച് വിവരം അന്വേഷണം കുർമോ എം ആത്മാനം അനുഷ്യ സർവ്വശ്ലോകനാത്മാനവധി പോയി ഇതെല്ലാം അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സർവ്വലോകങ്ങളെയും സർവ്വകാമങ്ങളെയും പ്രാപിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകാം ോദി സർവാസ്വമാൻശോം സർവം സ്ഥാപയ ശരീരമാത്രേ പ്രജാപതി അങ്ങനെ അവരുടെ സദസ്സ് വിളിച്ചുകൂട്ടി ആ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി അവരോട് അടിപ്പിക്കുന്നു പോകേണ്ട അമൃതനു വേണ്ടി ഞാൻ പോയി ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാം പക്ഷെ പ്രജാവധിയിൽ അടുത്താണ് പോകേണ്ടത് ആള് വലിയ ആളാണ് അതുകൊണ്ട് ഈ പുകല് ഈ ഛത്രചാമരങ്ങളോട് കൂടിയൊന്നും അവിടെ പോയാൽ ശരിയാവത്തില്ല ചതുരങ്ക പടയുന്നോടെ കൊണ്ടുചെല്ലാൻ പാടില്ല അതുകൊണ്ട് ഭോഗപരിച്ഛദം സർവ്വ ഇതെല്ലാം ഇവിടെ തന്നെ ഇരിക്കട്ടെ ഈ ദേവലോകത്ത് ഐരാഗതവും മറ്റ് വസ്തുവകകളെല്ലാം അവിടെ വച്ച് ദേവന്മാരെയുള്ള അവിടെ ശരീരം മാത്രേനെ താൻ ൂട് തുണിക്കും മറുതുണിയില്ലാതെ നേരെ പ്രജാപതിയും അടുത്തേക്ക് പോയി തന്നെ ഇത് കേട്ടു അസുരന്മാരുടെ സദസ് വിളിച്ചു കൂട്ടി പറഞ്ഞു ഇനി അമൃതത്തിന് വേണ്ടി യുദ്ധത്തിന്റെ ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ ഒരു പ്രതിനിധിയായി അവിടെ പോയി കാര്യം മനസ്സിലാക്കി വരാം അന്ന് നിങ്ങൾക്കും എല്ലാവർക്കും അമൃത പകർന്നു തരാം അവര് സമ്മതിച്ചു എന്നിട്ടവർ വളരെ മര്യാദക്കാരായിട്ട് പോയി അവരുടെ രാജ ചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്തുകൊണ്ട് വിനയീന ഗുരു ഗുരവാ അഭിഗന്ത ഗുരുക്കന്മാരുടെ ഗുരവോ വിലയീന ഗുരുവോ അഭിഗന്ദവ്യ ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വളരെ വിനയത്തോടു കൂടിയു പ്രതാപൊന്നും അവിടെ കാണിക്കരുത് എന്താ തമ്മിലാളാണെന്നുള്ള രീതിയിൽ ചില പത്ത് പേരെല്ലാം മോതിരവും വയരൊക്കെ അടുക്കലും വലിയ മാലയൊക്കെ അണിഞ്ഞ് വലിയ കുടവണ്ടിയൊക്കെ ആയിട്ട് ഗുരുക്കന്മാരെ ഒമ്പിച്ച് അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ അങ്ങനെയൊന്നുമില്ല ഗുരുക്കന്മാരുടെ സമീപത്ത് ചെന്നൈ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥയെന്നാണ് ഭാഷകാരൻ പറയുന്നത് എല്ലാം വെട്ട് വളരെ മര്യാദക്കാരായി വളരെ ഒതുക്കത്തോടു കൂടി എന്തായാലും ഇതൊരു വലിയ കാര്യത്തിനുവേണ്ടിയാണല്ലോ പോകുന്നത് ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും കിട്ടാത്ത കാര്യം അത് കിട്ടാമെന്ന് പറഞ്ഞയാൾ സാധാരണക്കാരനല്ല ഗുരു തന്നെയാണ് അതുകൊണ്ട് വിനയെന്ന ഗുരുവോ അഭികന്തവ്യ വളരെ വിനയത്തോടു കൂടിയേ ഗുരുവിന്റെ അടുത്ത് ചെല്ലാവും പക്ഷെ ഇന്നതൊക്കെ മാറിപ്പോയിന്ന് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നു ആദ്യം ചെന്ന് ഷേഖ് ഖാന്റെ അടുത്ത് ഹലോ തത്ത്വസീഹെന്ന് പറഞ്ഞാട്ടെ ഇന്ന് പറയുന്ന കാലമാണ് പഴയ കാലത്തെ കുറിച്ച് പറയും അഭികന്തവ്യ ദർശയ അതിലൂടെ കാണിക്കുകയാണ് പറയുന്നു ഇപ്പോ ഭാഷകാരം പറയുന്നു എന്താണ് മൂന്ന് ലോകത്തെക്കാളും ഗുരുതരമാണ് വെയിറ്റ് ഉള്ളതാണ് ആത്മവിദ്യ മൂന്ന് ലോകത്തെ നേടുന്നതിലും വലുതാണ് കാരണം ഇന്ദ്രനും വിരോചന്റെ ശ്രമം എന്താണ് മൂന്ന് ലോകങ്ങളെയും കേഴ്പ്പെടുത്തത് അവരുടെ സർവകാമങ്ങളെയും പ്രാപിക്കുക ഇവിടെ ഇപ്പോൾ അവർക്കൊരു ചെറിയ വിളിവന്നു പ്രജാപതിയുടെ ഈ വാക്യം കേട്ടപ്പോൾ യുദ്ധം കൂടാതെ നേടാമല്ലോ അതുകൊണ്ട് ഈ മൂന്ന് ലോകങ്ങളെക്കാളും വലുതാണ് ഈ ലോകങ്ങളെ പ്രാപിക്കുന്നതിലും വലുതാണ് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിലും വലുതാണ് ആത്മവിദ്യ ഇതോ ദേവസുരരാജു മഹാർഹ ഭോഗാർഹോ സന്തു തഥ ഗുരു അഭ്യഗത ജാവും അസുര രാജാവും ഒരു നിസ്സാരന്മാരല്ല ഒരു വലിയ പൂജ്യന്മാരാണ് അസുര രാജാവ് അസുരന്മാരുടെ ഇടയിൽ പൂജ്യാണ് വലിയ വലിയ പ്രബലന്മാരായ രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് മഹാബലിയെ പോലെയൊക്കെയുള്ള രാജാക്കന്മാരവിടെ ഉണ്ടായിട്ടുണ്ട് ദേവേന്ദ്രൻ ദേവരാജ അവിടെയും എന്താണ് വലിയ പൂജനീയനാണ് ദേവന്മാരും മറ്റുള്ളവരും പൂജിക്കുന്നവരാണ് അതുപോലെ ഭോഗാർഹവും അവർക്ക് അനേക ഭോഗ്യ വിഷയങ്ങളുണ്ട് അല്ല അനുഭവത്തിന് യോഗ്യമായ സർവ്വത അവർ കൈവശം പരിസരിക്കും നേടിയിരിക്കുന്നവരാണ് അങ്ങനെയുള്ളവരായിട്ട് കൂടി ഗുരു അഭ്യുഗതവന്തോ അവർ ഈ വിദ്യയ്ക്ക് വേണ്ടി ഗുരുവായ പ്രജാപതിയെ സമീപിച്ചു തവകില അസംവിധാനോ അന്യോന്യം സംവിധം അപുർവാണോ വിദ്യാഫലം പ്രതി അന്യോന്യം ഈശ്യാം ദർശയന്തോ സമിത്വാണി മിത് ഭാരവും പ്രജാപതി സകാശം ആ ലക് ആ ഗതോ ഈ പാരപ്പണ്ടും ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരു ഗുരുവിന്റെ അടുത്ത് തന്നെ പോയത് എല്ലാ ശിഷ്യന്മാരും ഒരു ഗുരുവിന്റെ അടുത്താണെങ്കിലും ആ സംവിധാനവും പരസ്പരം വണ്ടിയില്ല ഒരു ഗുരുവിന്റെ അടുത്ത് കിടക്കുന്ന ശിഷ്യന്മാരിനെ പലരും പരസ്പരം കണ്ട കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പരസ്പരം മിണ്ടാറില്ല കാരണം പരസ്പരം പാരയാണ് അത് തന്നെയാണ് ഇവര് പണ്ടേ ഉള്ള കാര്യമായത് ഇത് വിരോചനും ഇന്ധനനിലും തുടങ്ങിയാണ് അന്യോന്യം ആ സംമിതം സംയുതം എന്ന് വെച്ച മൈത്രി കണ്ടതുപോലെ നടിച്ചില്ല രണ്ടുപേരും ഒരു സന്നിധിയിലാണ് എത്തിയെങ്കിലും പരസ്പരം കണ്ടതായി നടിച്ചില്ല ഒരാളെതിരെ വന്നു മറ്റൊരാൾ പടിഞ്ഞാറോട്ട് നോക്കി നടന്നു കണ്ടില്ല ഒരു ശിഷ്യന്റെ സന്നിധിയിലാണ് ഒരു ഗുരുവിന്റെ സന്നിധിയിലാണ് ശിഷ്യന്മാർ എന്നാൽ പരസ്പരം പലപ്പോഴും സൗകര്യപൂർവ്വം ഒഴിവാക്കി കളയും കാരണം ഏറ്റുമുട്ടിയാൽ അപകടമാണ് അതുകൊണ്ട് അസംതം അകുറവാണോ വ്യക്തമായി പറയുന്നു ഒരു മൈത്രിയും ഇല്ലാതെ തന്നെ സംവിധം എന്ന് വെച്ചാൽ മൈത്രി സംവിധം മൈത്രിയും താഴെ കൂടത്തിലുണ്ട് പരസ്പരം യാതൊരു അങ്ങനെ പരസ്പരം കുശതമൊന്നും വേണ്ട നീ എനിക്ക് പാര വയ്ക്കുന്നവനാണ് ഞാൻ നനക്കും പാര വയ്ക്കും ഇതുവരെ അതായിരുന്നല്ലോ ജോലി പരസ്പരം യുദ്ധമായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഗുരുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ യുദ്ധത്തിൽ നിന്നങ്ങ് മാറാൻ പറ്റും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്തു പരസ്പരമൊന്നും മണ്ടിയില്ല കണ്ട ഭാവം നടിച്ചില്ല ഒരാൾ കിഴക്കോട് വന്നു ഒരാൾ പടിഞ്ഞാറോട് വന്നു രണ്ടുപേരും ഗുരുവിന്റെ മുമ്പിൽ വന്നു സാഷ്ടാന്തം നമസ്കരിച്ചു എഴുന്നേറ്റ് തിരിച്ചു നടന്ന് ഉപദേശം വാങ്ങിക്കൊണ്ട് പിന്നെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നാലും തഥൈവ വിദ്യാഫലം പുറത്തി അന്യോന്യം മേർഷ്യാം ദർശിക്കുന്നത് അത് മാത്രമല്ല ഒരു ശിഷ്യന് സംശയം ഇവനീ ഗുരുവിൽ നിന്ന് എന്താ നേടാൻ പോകുന്നു പിന്നെ ഞാൻ നേടുന്ന ഈ കൂടുതൽ നേടുമോ മറ്റവന് സംശയം ഇവനിനി എന്താ ഇവിടുന്ന് നേടാൻ പോകുന്നു ഇവനി ഞാൻ നേടാത്തവനെ നേടുമോ അതുകൊണ്ട് തന്നെ പരസ്പരം മേർഷ്യ എന്തിനു വിദ്യാഫലം പ്രതി വിദ്യാഫലത്തെ സംബന്ധിച്ച് അല്ല ഞാൻ മോഷം നേടുന്നു മോക്ഷം നേടി ഇവിടുന്ന രക്ഷപ്പെടുമോ അതുപാടില്ല അങ്ങനെ അന്യോന്യം ഈർഷ്യാന്തർശന്തു പരസ്പര ഈഷ്യോടുകൂടി ശിഷ്യന്മാര് ഇത് എത്ര കറക്റ്റായി പറഞ്ഞിരിക്കുന്നു ചെല്ലുവിചാരിക്കും ഞാൻ പറയുകയാണ് നല്ല ഇത് ഭാഷികാരൻ തന്നെ പറയുകയാണ് അന്യോന്യം ഈർഷ്യാന്തർശന്തു പരസ്പര ശീഷ്യോടുകൂടി അവൻ നേരത്തെ മോഷം നേടുവാ അങ്ങനെ അവന് മോഷം നേടാൻ വിടാൻ അനുവദിക്കാൻ പാടില്ല അതിനെ എനിക്ക് മോഷം നേടണം അങ്ങനെ മോക്ഷത്തിലും വീഴ്ചയുണ്ട് പരസ്പരം അവിടെ പറയുന്നു വിദ്യാഫലത്തിൽ ആർക്കാമുമ്പേ ഫലം കിട്ടുന്നത് ഇവൻ ആദ്യം ഇതൊക്കെ മനസ്സിലാക്കി ഇവിടുന്ന് ചാടിപ്പോകുമോ അതോ മറ്റവും മനസ്സിലാക്കുമോ ഇങ്ങനെയുള്ള പക്ഷെ മാറി എന്ന് പറയുന്നുണ്ട് കുറച്ചുകാലം ഇവരവിടെ കഴിഞ്ഞപ്പോ ഗുരുവിന്റെ സന്നിധി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ക്രമേണങ്ങലിഞ്ഞലിഞ്ഞ് പോയി എന്നാലും ചെന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു പരസ്പര ഈഷ്യയോടുകൂടി ദർശനവും എന്നാൽ ഗുരുവിന്റെ സന്നിധിയിൽ എന്താണ് അവർക്ക് ഗുരുവിനോട് അവർക്ക് അഭിപ്രായ വ്യത്യാസം നല്ലതാണ് ഈ ഗുരുവിന്റെ സന്നിധിയിൽ ഗുരുവിനോട് ശിഷ്യന്മാർക്കെല്ലാം വിനയം ആദരം കാണും പക്ഷെ ശേഷ്യന്മാർ പരസ്പരം അംഗീകരിക്കത്തില്ല ആരാണ് ദിവ്യൻ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ള കാര്യത്തിലുള്ള തർക്കം അത് ശിഷ്യന്മാരെല്ലടത്തോളം കാലം കാണും അതുതന്നെയാണ് ഇവിടെയും അവരെന്ത് ചെയ്യുന്നത് സമിത് പാണി സമിത് പൂർണ്ണമായ സേവനത്തിൽ തന്നെ ഗുരുവിനോട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് പക്ഷെ തന്നോടില്ല അതാണ് ശിഷ്യന്മാരുടെ പരസ്പരമുള്ള മനോഭാവം സമിത്ഭാരഹസ്തവും സമിത്ഭാരം എന്തും തയ്യാറായി നട അവിടെ എന്ത് വേണോ ഗുരുവിന് വേണ്ടി എന്ത് ചെയ്യുന്നതിനും സമർപ്പിക്കുന്നതിനും ഞാൻ തയ്യാറാണ് പക്ഷെ പരസ്പരമുള്ള അത് വിടാൻ പറ്റത്തില്ല പ്രജാപതി സകാശം ആ ജത്മതുരുഹു പ്രജാപതിയുടെ അടുത്ത് അവരെത്തിച്ചേർന്നു ദ് ഉഭേ ദേവാസുര അനുബുതിരെ തേോജ ഹത്മാനമന്വക്ഷമ എം ആത്മാനമന്വിഷ്യ സർവാം ശലോകാപ്പുനോതി സർവാംശാൻ ഇന്ദ്രോഹൈവേവ്രാജ വിരോജനോ അസുരാണ അസംവിധാന സമിപാണി പ്രജാതിസകാശം ആജഗ്മു തൗഹ ദ്ശതം വർഷാണി ബ്രഹ്മചര്യമൂഷത്തു തൗഹ പ്രജാതിരുവാചോ ആസ്ഥ ഊചതു ആത്മാഗതമാത്മാ വിചരോ വിമൃത്വിശോകോ വിജിഖസോ അപ്പി പാസ സത്യകാമ സത്യസങ്കൽപ്പ സവിജിജാസിത സർവാം സലോകാപ്നോതി സർവാംസ്കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജതി ഭഗവതോ വച്ചോ വേദയോ ആസ്ഥ ാണ് ശുശ്രൂഷ പരവൂത്വര്യൂതോ അവരവിടെ ചെന്നിട്ട് അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ ബ്രഹ്മവിദ്യ ഒന്നും പറഞ്ഞുകൊടുത്തില്ല ഉപദേശമൊന്നും കൊടുത്തില്ല കൃത്യമായും ദ്വാത്രിശതം വർഷം മുപ്പത്തിരണ്ട് വർഷം കറക്റ്റ് കണക്ക് പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വർഷം ശുശ്രൂഷ പരവഭൂത്വ ശുശ്രൂഷ അവിടെ സേവയൊക്കെ ചെയ്തു മുറ്റമടിക്കുക പാചകം ചെയ്യുക തുടങ്ങിയുള്ള പണികളെല്ലാം ചെയ്ത് അവിടെ പ്രജാപതിയുടെ അടുത്ത് മുപ്പത്തിരണ്ട് വർഷം ചില്ലറ കാലമൊന്നുമല്ല അവിടെ കഴിഞ്ഞു ബ്രഹ്മചര്യം ഊഷതുഭൂഷിതമന്ത് അവിടെ ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിച്ചു എന്നിട്ടും പറഞ്ഞു കൊടുത്തില്ല ബ്രഹ്മചര്യം വ്രതമനുഷ്ഠിച്ച് കഴിഞ്ഞു എന്നാണ് എന്നിട്ടാണ് ആശ്രമത്തിൽ വന്നിട്ട് പറയുന്നത് ഞാനിപ്പോ പന്ത്രണ്ട് കൊല്ലമായി ഇതുവരെ എനിക്കൊന്നും പറഞ്ഞു തന്നില്ല എന്ന ആൾക്കാർ പരാതി പറയുന്നു മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും രക്ഷയില്ല അഭിപ്രായജ്ഞ പ്രജാപതി പ്രജാപതിക്കും മനസ്സിലായി ഇവരെന്താ വന്നിരിക്കുന്നത് ഇവരുടെ ഉദ്ദേശം ഇവരെന്തിനു വേണ്ടി സേവനം ചെയ്യുന്നു അതെല്ലാം മനസ്സിലായി പക്ഷെ ഒന്ന് മനസ്സിലാക്കിയവർ വേറെ ഉദ്ദേശങ്ങളൊന്നും മഠാധിപതി ആകാനൊന്നും അല്ലെന്ന് മനസ്സിലായി കിമിച്ചോ എന്താഗ്രഹിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ ഈ പണിയെടുക്കുന്നത് കിം പ്രയോജനം രണ്ടുപേരും ഇവര് സുപ്രഭാതത്തിൽ രണ്ടുപേരെയും വിളിച്ച് ചോദിച്ചു എന്താ നിങ്ങളുടെ ഉദ്ദേശം കുറെ കാലമായിട്ടിവിടെ ഇങ്ങനെ മുറ്റം അടിക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ചുമല്ല താല്പര്യമുണ്ടോ എന്നാണ് ഒന്നും അറിയാത്ത മറ്റും കിം പ്രയോജനം എന്താ പ്രയോജനം അഭിപ്രായത്തെ ഇച്ഛന്തോ അവാസ്തമൂഷിതവന്തോ യുവാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇത്രയും കാലം മുപ്പത്തിരണ്ട് വർഷം ഇവിടെ ഈ സേവയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിത്യുക്തവും ചോദിച്ചു അതുവരെ ഒന്നും ചോദിച്ചില്ല എന്ത് ചെയ്യുന്നു എന്നോ എന്താവശ്യവുമോ എന്തിനു വന്നെന്നോ കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു സുപ്രവാതി ചോദിക്കുന്നത് എന്താ വന്നാണ് പ്രജാപതിയുടെ മനസ് അത്ര കടുത്തതാണ് രണ്ടുപേരും കൂടി പറഞ്ഞു എന്താണ് ആത്മ ഇത്യാദി ഭഗവതോ ഭജോ വേദയന്ത്യ ആത്മാനം ഇച്ഛന്തോ ആസ്ഥോയമാത്മാഹതാത്മാവിജരോ വിമൃക് വിശോകോ വിജിതി സ്വപിപാസ സത്യകാമ സത്യസങ്കല്പ സ്വന്യേഷ്യസ വിജിജ്ഞാസ ദവ്യ സർവാംശ ലോകം ഇത്രയും പറഞ്ഞു പറഞ്ഞത് പ്രജാപതിയുടെ വചനത്തെ തന്നെ അവർ ഏറ്റു പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതുകൊണ്ട് ആ ആത്മാവിനൊന്നറിഞ്ഞാൽ കൊള്ളാം അതിനുവേണ്ടിട്ടാണ് ഞങ്ങൾ ഈ മുപ്പത്തിരണ്ട് വർഷം ഇവിടെ പണിയെടുത്തത് പ്രജാപതേഹ സമീപനാദ് അന്യൂന്യ വീഷായി പറയുന്നു ഇവർ രണ്ടു കൂട്ടരും ദേവന്മാരും അസുരന്മാരും അവരുടെ ആയുഷ്കാലം മുഴുവൻ അവർ യുദ്ധം ചെയ്ത് പരസ്പരം അതുകൊണ്ട് തന്നെ പരസ്പരം യുദ്ധം ചെയ്യുന്നവരാണ് പക്ഷേ അതെല്ലാം പ്രജാപതിയുടെ സമീപത്ത് വരുന്നത് വരെ പ്രാക് പ്രജാപതിയെ സമീപാഗമന അന്യു അന്യം ഈർഷ്യ പരസ്പര പക്ഷേ അഭുദം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞല്ലേ രണ്ടുപേർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നതാണ് ഈ വിദ്യ നേടത്ത വിദ്യാപ്രാപ്തി പ്രയോജന ഗൗരവാപ്രാപ്തി അതിന്റെ പ്രയോജനം അതിന്റെ മഹത്വം കൊണ്ട് വിദ്യക്കൊരു ഫലമുണ്ടല്ലോ ആ ഫലമെന്ന് പറയുന്നത് എന്താണ് ഈ രാഗദ്വേഷാദികളൊന്നും ഇല്ലാത്ത ആത്മ ാണ് ആത്മനിഷ്ഠയ അതാണ് എൻ്റെ ഫലം ആ മഹത്വത്തെ അവർ മനസ്സിലാക്കി സേവയുടെ ഫലം പറയുന്നു ശരിയായിട്ടുള്ള സേവ കൊണ്ട് അവന്റെ രാഗദ്വേഷാദികളെല്ലാം ഇല്ലാതാവുന്നു അതുകൊണ്ട് തെക്ത രാഗദ്വേഷ്യാദി ദോഷവും അവരുടെ രാഗദ്വേഷമോഹീഷ്യ ഈ ദോഷങ്ങളെല്ലാം അവരറിയാതെ തന്നെ പോയി അത് സേവയുടെ ഫലം അതാണ് അതുകൊണ്ട് സേവ കൊണ്ടത് സാധിച്ചില്ലെങ്കിൽ പിന്നെന്താ ഇതൊന്നും പുതിയ ആചാര്യന്മാരും ആരുമുണ്ടാക്കി ശങ്കരാചാര്യരോ പിന്നീട് ഏതെങ്കിലും ആചാര്യനോ ഉണ്ടാക്കിയ രീതിയൊന്നുമല്ല ഇതനാധികാലമായി നിലനിൽക്കുന്ന രീതിയാണ് ഗുരുകലത്തിൽ പോവുക ഗുരുവിന്റെ സമീപത്തിൽ താമസിക്കുക അവിടെ സേവ ചെയ്യുക സേവ ചെയ്ത് ആത്മശുദ്ധി വരുത്തുക അതിൻ്റെ പ്രയോജനം അതാണ് അതുകൊണ്ട് തന്നെ എന്താണ് പരസ്പര രാഗദ്വേഷങ്ങളോടുകൂടിയൊക്കെയാണ് വന്നതെങ്കിലും അവിടെ ഈ സേവ കൊണ്ട് അവർക്ക് ഹൃദയശുദ്ധിയുണ്ടായി ഭൂത്ത് ആഘോഷവും ബ്രഹ്മചര്യം പ്രജാപത്വവും തപസ്സെന്നുള്ള പിന്നെ എന്തിനാണ് ബ്രഹ്മചര്യത്തിന്റെ ആവശ്യം ആ ബ്രഹ്മചര്യം എന്ന് പറയുന്ന തപസ്സും സന്നിധിയിൽ അനുഷ്ഠിച്ചു അതിൻ്റെയൊക്കെ പ്രാധാന്യത്തെയും മഹത്വത്തെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയാണ് തേനയിതം പ്രഖ്യാപിതം ആത്മവിദ്യാ ഗൗരവം പറയുന്നു ഈ കഥയിലൂടെ വെളിവാക്കുന്നത് ആത്മവിദ്യയുടെ മഹത്വമാണ് അതിനെങ്ങനെയാ സമീപിക്കേണ്ടത് അതിനെ നേടുന്നതിനുള്ള സാധന എന്താണ് അതിനെ നേടുന്നതിനുള്ള മുഖ്യമായ സാധന ഗുരുകുലവാസം തന്നെ അവിടെ തന്നെ എന്താണ് ഗുരുസേവ അതുതന്നെയാണ് മുഖ്യമായത് അത് കവിഞ്ഞേയുള്ളൂ ബാക്കിയെല്ലാം ശ്രവണ മനനാദികളെല്ലാം അത് കഴിഞ്ഞേയുള്ളൂ ഇപ്പൊ ഗുരു സേവ ചെയ്തതിന് ശേഷമാണ് പിന്നീട് പ്രചാര ചേന്തിനാ വന്നാണ് അപ്പോഴേ അതിന് ആ ശ്രവണത്തിന് പോലുമുള്ള യോഗ്യത വന്നത് അത് ലൂടെയാണ് പിന്നീട് അതടുത്ത് ഇനി ചോദിക്കുന്നു സമാധാനം പറയുന്നു മനസ്സിലാക്കുന്നു എന്നിട്ടും മനസ്സിലാക്കുന്നില്ല അതൊക്കെ തുടർന്നു ആദ്യം ഗുരുസേവ തന്നെയാണ് അതാണ് ശാസ്ത്രീയ സമ്പ്രദായം അതു തന്നെയാണ് ആചാര മര്യാദ അതിലൂടെ ആത്മവിദ്യയുടെ മഹത്വത്തെ കാണിക്കുകയാണ് ഇത്രയും മഹത്വമുള്ളതാണത് അതിനു വേണ്ടിയിട്ട് ഒരു ജീവിതം തന്നെ സമർപ്പിച്ചാലേ അത് സാധ്യമാകും അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്നത് ഗ്രഹസ്ഥന്മാർക്കൊന്നും സാധ്യമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം അവരുടെ ജീവിതം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു അവർക്ക് തപസ്സനുഷ്ഠിക്കാൻ എവിടെയാണ് സമയം അതുകൊണ്ട് രണ്ടു കൂട്ടരും പറഞ്ഞില്ല എല്ലാം ഉപേക്ഷിച്ച് അമൃതവും അസരസവും എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രജാപതിയുടെ അടുത്ത് വന്നു വെറും സാധാരണക്കാരെ പോലെ അവിടെ നിന്ന് സേവനം ചെയ്ത് അവർക്ക് മനഃശുദ്ധി വന്നു ദേഷ്യയെല്ലാം പോയി തോന്നിയപ്പോൾ ഗുരുവിളിച്ചു ചെലതിനാ വന്നത് അതുപോലെ ഇന്നത്തെ കാലത്ത് ഇതുപോലെ നടക്കും ഇന്നത്തെ കാലത്ത് വന്നിട്ട് വന്ന ഉടനെ ചോദിച്ചില്ലെങ്കിൽ ഗുരുവിനെ പ്രോസിക്യൂട്ട് ചെയ്യും കോടതിയിൽ പോകും കേസുമായിട്ട് ഈ ഗുരു ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു പക്ഷെ വന്നിട്ട് ഇതുവരെ എനിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചില്ല അതുകൊണ്ട് നഷ്ടപരിഹാരം തരണം ഇത്ര ലക്ഷം രൂപ എന്ന് പറയുന്ന ശേഷം ഒരങ്ങനത്തെ കാലമാണ് പഴയ കാലം പറയുക അന്ന വിദ്യയുടെ മഹത്വം ഇതാണ് വശിഷ്യത ശാന്തി